സത്വം രജസ് തമസ് എന്നുള്ള മൂന്ന് ഗുണങ്ങളാണ് ലോകത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളും ഈ ത്രിഗുണങ്ങൾ കൊണ്ടും ബാധിക്കപ്പെടാത്ത ഒരേ ഒരു വസ്തുവേ ഉള്ളൂ ബ്രഹ്മം ലോകത്തിൽ എന്തെങ്കിലും രൂപത്തിൽ ആവിർഭവിക്കണമെങ്കിലും ഗുണങ്ങളെ ആശ്രയിക്കാതെ ആവിർഭവിക്കാൻ പറ്റില്ല എല്ലാ വസ്തുക്കളും അല്പസ്വല്പം രജോ ഗുണവും കലർന്നിരിക്കും ഭട്ടുതിരി ഇവിടെ പറഞ്ഞു ഭഗവാൻ ഗുരുവായൂരപ്പൻ അങ്ങനെ ആവിർഭവിച്ചപ്പോ അതിൽ രജോ ഗുണവും തമോ ഗുണവും അല്പം പോലും കലക്കാതെ സത്വം നിർമ്മലം അപ്പൊ സത്വഗുണത്തിന്റെ പ്രയോജനം എന്താ ഗുരുവായൂരപ്പന്റെ മൂർത്തി അങ്ങനെ ഭജിച്ച് ഭജിച്ച് സത്വാത് സഞ്ചായത്തെ ജ്ഞാനം ഈ മൂന്ന് ഗുണങ്ങൾക്ക് മൂന്ന് സ്വഭാവമുണ്ട് സത്വാത് സഞ്ചായത്തെ ജ്ഞാനം രജസോ ലോഭമേവ പ്രമാദമോഹ സത്വഗുണത്തില് ഭഗവത് ആരാധന ഭക്തി ഭജനം കൊണ്ട് ആത്മജ്ഞാനം രജോ ഗുണം കൊണ്ടോ ലോഭം എത്ര കിട്ടിയാലും പോരാ പോരാ പോരാ പോരാ എന്നുള്ള ഭാവം കാമം ക്രോധം ഇതൊക്കെ തമോ ഗുണമാണെങ്കിലോ പ്രമാദമോഹവും പ്രമാദം എന്ന് വെച്ചാൽ തെറ്റുപറ്റ ശ്രദ്ധയില്ലാതിരിക്ക ഉറങ്ങിപ്പോവുക ഇതൊക്കെ പ്രമാദത്തിൽ പറ്റും ആലസ്യം ഒക്കെ അശ്രദ്ധ അറിയാൻ പറ്റില്ല ആധ്യാത്മികമായ തലത്തുനിന്ന് വീഴ്ച പറ്റുക ഇതൊക്കെ പ്രമാദം പിന്നെ മോഹം ശരീരത്തിനെ ആത്മാവാണെന്ന് ധരിക്കുക ഇതൊക്കെ തമോ ഗുണത്തിന്റെ ലക്ഷണം ഇവിടെ ഭഗവാനിൽ ഈ തമസും രജസും ഒന്നും സ്പർശിക്കാത്ത മൂർത്തിയാണ് സാത്വികമായ മൂർത്തിയെ വേണം ഉപാസിക്കാൻ അല്ലെ സാത്വികമായ മൂർത്തിയെ വേണം ഉപാസിക്കാൻ രജോ ഗുണപ്രധാനമായ മൂർത്തികളുമുണ്ട് ഭയങ്കരമായിട്ടുള്ള മൂർത്തികളുമുണ്ട് അതനുസരിച്ചുള്ള ഭാവം ഉണ്ടാവും രജോ ഗുണപ്രധാനമായ മൂർത്തികളെ ഉപാസിക്കണവരും ഉണ്ട് ഏത് മൂർത്തിയും രജസം സത്വമാക്കാം നമുക്ക് അങ്ങനെയൊന്നുമില്ല വാശി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭയങ്കരമായ കാളിയെ തന്നെ രാമകൃഷ്ണപരമാസര പ്രേമം കൊണ്ട് സാത്വികമായ മൂർത്തിയായി ഉപാസിച്ചു ഇപ്പൊ ഭക്തന്റെ ഗുണമാണ് അവിടെ കൊടുക്കണതേ ഭയങ്കരമാണ് കാളിയുടെ രൂപം കണ്ടാൽ പക്ഷെ ശ്രീരാമകൃഷ്ണ പരമവംശ് ആ കാളിയെ പ്രേമമയായി ബ്രഹ്മമയായി സാത്വികമൂർത്തിയാക്കി മാറ്റി ഭഗവാന് തന്നെ ഇപ്പൊ രുദ്രഭാവം എടുത്തുകൊണ്ട് ഏവം നാട്ടിതരൗദ്രചേഷ്ഠിത വിഭോ എന്ന് നരസിംഹാവതാരത്തിൽ വരണു അതിനെ തന്നെ പരമശുദ്ധം എന്നാണ് ഭടതിരി പറയണം അതെങ്ങനെ ഉപാസിക്കണമെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കണം അപ്പൊ സാത്വികമായ ഭാവത്തിൽ അതേസമയം ഗുരുവായൂരപ്പന്റെ മൂർത്തിയിൽ നമുക്ക് അങ്ങനെ വിഷമൊന്നുമില്ല നമ്മളുടെ ഭാവത്തിന്റെ സഹായമൊന്നും കൂടാതെ തന്നെ അത് സത്വമാണ് നമ്മളിനിപ്പോ അതിനെ രജോ ഗുണമായിട്ടോ തമോ ഗുണമായിട്ടോ ഭാവിക്കാൻ സാധ്യമല്ല അതാണ് അപരികലനത നിർമ്മലം മറ്റൊന്നിന്റെയും കലർപ്പില്ലാത്തതുകൊണ്ട് നിർമ്മലം തത് സ്വച്ഛത്വ അച്ഛാദിതം സത്വഗുണത്തില് മറവില്ല കണ്ണാടിക്കൂട്ടിന്റെ ഉള്ളിൽ വെച്ച വിളക്ക് പോലെ വിളക്ക് കാണാം തൊടാൻ പറ്റില്ല കാണാം അതേപോലെ സത്വഗുണത്തിലിരിക്കുമ്പോ ബ്രഹ്മദർശനം ഉണ്ടാവും ശുദ്ധസത്വം ബ്രഹ്മം തന്നെയാണ് അപ്പൊ ശുദ്ധസത്വം അച്ഛാദിത ഗർഭനിർഭാസ സുഖചിത് ഗർഭ നിർഭാസ ആ രൂപത്തിൽ എന്താ ഉള്ളത് ഗർഭിണി എന്ന് പറയുമ്പോ ഗർഭത്തിന്റെ ഉള്ളിലൊന്നും ഉണ്ട് അതുകൊണ്ടാണ് ഗർഭിണി അതുപോലെ ഗുരുവായൂരപ്പന്റെ ആ രൂപം എന്തിനെ ഗർഭത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നു സുഖചിത് ഗർഭം ബ്രഹ്മത്തിന്റെ സച്ചിദാനന്ദ സ്വരൂപം ആ രൂപത്തില് നിറഞ്ഞു നിൽക്കുന്നു അതിലാരമിക്കും എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതിലൊന്നും ഇഷ്ടം തോന്നണില്ല ഭാഗ്യം ഇല്ല അത്രയെ പറയണ്ടു ബ്രഹ്മാവ് പറയണു ജാനന്ത ഏവ ജാനു ഭാഗ്യമില്ല അത്രയേ പറയണ്ടു തസ്മിൻ ധന്യാഹാരമന്ത് ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേ ധന്യന്മാരാണെങ്കിൽ ഭഗവത് ഭജനത്തിൽ രുചി ല്ലെങ്കിലോ പാവം കഷ്ടം ചിലൊക്കെ നമ്മള് പാവംന്ന് പറയില്ലേ പാവം എന്ന് അറിയാൻ പറണ്ട രാവിലെ എണീനേറ്റാ പണമുണ്ടാക്കാനായിട്ട് ഓടി നടക്കണു കുറെ പണമുണ്ടാക്കി വീട് കെട്ടി പൊസിഷനൊക്കെ നല്ല പൊസിഷൻ ഉണ്ടായി കല്യാണം കഴിച്ചു മക്കൾ കല്യാണം കഴിച്ചു കൊടുത്തു അവർക്ക് പേരെ കുട്ടികൾ ഉണ്ടായി നഴ്സറി ക്ലാസ്സിൽ കൂട്ടിക്കൊണ്ടുപോകണു എൺപത് വയസ്സിൽ രാവിലെ എണീറ്റാൽ അവരെ കൂട്ടിക്കൊണ്ടുപോകും കൂട്ടിക്കൊണ്ടുവരും ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനമാവുമ്പോ ചത്തു പോകുന്നു പാവം ശിവശിവ അപ്പോ ഭാഗ്യം കെട്ടവരെന്നാണ് അല്ലാതെ എന്താ പറയാ ഭാഗ്യം കെട്ടവര് അപ്പൊ ആർക്കാ രമിക്കാൻ കഴിയ ഭഗവാൻ അടുത്തുണ്ടായാൽ പോരാ രമിക്കാൻ അറിയണം അല്ലെ ഉദ്ധവര് ഭാഗവതത്തിൽ പറയുന്നു ഈ യാദവരെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു കൃഷ്ണന് അടുത്തുണ്ടായിരുന്നിട്ടും ഇവർ അറിഞ്ഞില്ലല്ലോ എന്നാണ് ഹരി മീനായോടുപ്പം കുളത്തില് മീനുകള് കുളത്തില് പ്രതിബിംബിക്കുന്ന ചന്ദ്രനെ കണ്ടിട്ട് ഞങ്ങളെപ്പോലെ ഒരു ജലജീവിയാണെന്ന് കരുതി അത്ര അതുപോലെ ഹരിയെ ഈ യാദവരറിഞ്ഞില്ലല്ലോ അപ്പൊ ഭഗവാൻ അടുത്തുണ്ടായിരുന്നാലും രമിക്കാൻ അറിയണം ധന്യാഹാരമന്ത് ധന്യരായിട്ടുള്ളവര് രമിക്കണോ എങ്ങനെ രമിക്കണോന്ന് വെച്ചാൽ ശ്രുതി മതി മധുരേ ശ്രുതി എന്ന് വെച്ചാൽ ചെവി മതി എന്ന് ബുദ്ധി മനസ്സ് രണ്ടിനെയും മധുരിപ്പിക്കുന്നു രമിപ്പിക്കുന്നു ചെവിക്കും ആനന്ദം കർണത്തിലൂടെ ഹൃദയത്തിലേക്കെത്തുന്നു മനസ്സിലൂടെ ഹൃദയത്തിലേക്ക് എത്തുന്നു സുഗ്രഹേ വിഗ്രഹേ തേ ബ്രഹ്മത്തിനെ ഗ്രഹിക്കാൻ വിഷമാണ് അതുകൊണ്ട് ദുർഗ്രഹമാണ് ഇതോ സുഗ്രഹം മുമ്പിൽ നല്ലവണ്ണം ഗ്രഹിക്കാൻ എളുപ്പം വിഷമമൊന്നുമില്ല സുഗ്രഹേ വിഗ്രഹേ തേ ആ ഗ്രഹിക്കണം പിടിച്ചുകൊണ്ട് പോണം അമ്പലത്ത് പോയി കഴിഞ്ഞാൽ ഭഗവാനെ കട്ടുകൊണ്ട് പോണം അവിടെ വിട്ടുകൊണ്ട് വെക്ക് വിട്ടുവെക്കരുത് ആരുമില്ലെങ്കിൽ പൊക്കിക്കൊണ്ടുപോണം അതാണ് ഭക്തന്മാരുടെ ലക്ഷണം പൂജക്കാരനില്ലെങ്കിൽ ഗുരുവായൂരപ്പനെ പൊക്കി കൊണ്ടുപോകണം അങ്ങനെ പൊക്കിക്കൊണ്ടുപോയ ഭക്തന്മാരുണ്ട് ദ്വാരകയിൽ ഇപ്പോഴുള്ള മൂർത്തി വാസ്തവത്തിലുള്ള മൂർത്തി അല്ലാത്രയും ഇങ്ങനെ ഒരു കഥ പറയും ദ്വാരകാധീശന്റെ കഥ ദ്വാരകയില് ഒരു വൃദ്ധ ദമ്പതികൾ വളരെ വർഷങ്ങളായിട്ട് വരും ദ്വാരകാനാഥ് ഇപ്പോ ദ്വാരകാധീശന്റെ ആ മൂർത്തിയുണ്ട് അമ്പലത്തില് അതിനെ കാണാനായിട്ട് ഈ ഭക്തന്മാര് വൃദ്ധദമ്പതികള് അവര് കുറെ കാലമായി ചെറുപ്പമായിട്ടിരിക്കുമ്പോ മുതൽ വരാൻ തുടങ്ങിയതാ എപ്പോഴും വരും ദരിദ്രമാണ് ദരിദ്ര കുടുംബമാണ് പണമൊന്നുമില്ല അവിടെ ഒന്ന് ഭഗവാന്റെ മുമ്പിൽ വന്ന് തൊഴുതു നിക്കും ഭഗവാനോട് പറയും ഓരോ വർഷം കഴിയുമ്പോഴും ഭഗവാനെ ഒരുപാട് ദൂരത്തുനിന്ന് നടന്നു വരികയാണ് ഡാക്കോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുനിന്ന് മറ്റാണ് കുറച്ച് ദൂരം ഞങ്ങൾ ഒരുപാട് ദൂരത്തു നിന്ന് നടന്നു വരികയാണ് എത്ര കാലം വരാൻ പറ്റും അറിയില്ല അടുത്ത വർഷവും വരാൻ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് പോവുകയില്ല നാളെ പോവാണോ എന്ന് തീരുമാനിക്കും എന്നിട്ട് നാളെ പോവില്ല ഇങ്ങനെയോ ഒരു മാസം അവിടെ ഇവിടെയും അവസാനവും അമ്പലത്തിലുള്ളവരോ അടുത്തുള്ളവരോ ഒക്കെ ഓടിച്ചു വിടുന്നവരെ അവിടെ ഇരിക്കും എന്നിട്ട് പിന്നെ അവസാനം പോവും ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞ് വാർദ്ധക്യായി ഇവർക്ക് വാർദ്ധക്യായപ്പോ അവർ വന്ന് കരഞ്ഞു ഭഗവാന്റെ മുമ്പിൽ ഭഗവാനെ അടുത്ത വർഷം നിശ്ചയമായിട്ട് വരാൻ പറ്റില്ല എല്ലാ വർഷവും ഇത് പറയണതാണ് ഈ വയസ്സായപ്പോ പക്ഷെ ഈ വർഷം വളരെ നടക്കാൻ വയ്യാതായി അപ്പൊ ഭഗവാനോട് പറഞ്ഞു ഇനി എനിക്ക് ഞങ്ങൾക്ക് വരാനും ഒക്കില്ല എന്നാ തോന്നണത് അതുകൊണ്ട് ഭഗവാനെ ഞങ്ങൾ എന്തു ചെയ്യും ഇനി വരാതെ ദ്വാരക വിട്ട് ഇവിടുന്ന് പോവാനും ഇവര് എന്താ ദിവസം വെറുതെ ചോറ് തരണം താമസിക്കാനൊരു സ്ഥലം അമ്പലത്തിൽ എവിടെയെങ്കിലും ഒക്കെ കിടക്കാം എത്ര കാലം കിടക്കും തിരിച്ചു പോണം തോന്നുന്നു ഭഗവാനെ വിട്ടു പോവാനും വയ്യ അപ്പൊ ഭഗവാനോട് പറഞ്ഞു ഇനി വരാൻ പറ്റില്ലല്ലോ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് കരഞ്ഞു രാത്രി മുഴുവൻ കരഞ്ഞു അടുത്ത ദിവസം പോണം രാത്രി മുഴുവൻ കരഞ്ഞപ്പോ രാത്രി സ്വപ്നത്തിൽ ഭഗവാൻ വന്നിട്ട് പറഞ്ഞു എത്ര രാവിലെ ആവണതിന് മുമ്പ് അവിടെ ഒരു തള്ളുവണ്ടി അവിടെ ഉമർത്തുന്നുണ്ട് അതിൽ എന്നെ കയറ്റി വെച്ച് കൊണ്ടുപോയിക്കൊള്ളാം ഇളക്കിയാ ഞാൻ വരും രണ്ടുപേരും കള്ളന്മാരാണ് ഭഗവാനും ഭക്തനും കള്ളനാണ് രണ്ടുപേരും ഇളക്കിയാൽ ഞാൻ വരും കൊണ്ടുപോയിക്കോണാകുന്നു ഇത് സ്വപ്നം കണ്ട് ഞെട്ടി കഴിഞ്ഞേറ്റു ഈ വൃദ്ധൻ ഭാര്യയോട് പറഞ്ഞു ഭാര്യയ്ക്കും അതേപോലെ ദർശനം രണ്ടുപേരും കൂടെ പോയി നേരെ ശ്രീകോവില് പോയി എടുക്കാവോ അവർക്ക് അതൊന്നും തോന്നിയതേ ഭഗവാനെ കൊണ്ടുപോവാൻ ഭഗവാൻ സമ്മതിച്ചു ഇനി നാളെ ഭക്തന്മാർ വരുമല്ലോ പൂജാരി വരുമല്ലോ ഒന്നും വിചാരിച്ചില്ലായെന്നാണ് അമ്പലത്തിൽ അന്ന് രാത്രി ആരും ഇല്ല നേരെ പോയി ശ്രീകോവിലു പോയി സ്വാമിയെ ഇളക്കി അപ്പൊ വന്നു വണ്ടിയിൽ വെച്ച് കൊണ്ടുപോയി ഒരേ സന്തോഷം നമ്മളുടെ ഗ്രാമത്തിൽ കൊണ്ടുപോയിട്ട് ദ്വാരകാധീശനെ പ്രതിഷ്ഠിക്കാം സന്തോഷത്തിൽ വണ്ടിയിൽ തള്ളിക്കൊണ്ടേ പോവാണ് ഇവർക്ക് മറ്റേ വിചാരമൊന്നുമില്ല ഭക്തൻ അതൊന്നും ഉണ്ടാവില്ല ഭക്തനാണ് ഏറ്റവും സ്വാർത്ഥം ഭക്തനെ പോലെ ഭക്തന് ഭഗവാനേ ഉള്ളൂ രണ്ടാമതൊരു വസ്തുല്ല ആ സ്വാർത്ഥത ഉണ്ടെങ്കിലേ ലോകത്തിന് അനുഗ്രഹമാവുള്ളൂ ബാക്കിയുള്ള സ്വാർത്ഥതയൊക്കെ വിഷമം പക്ഷെ ഭഗവാനെ കിട്ടണമെന്നുള്ള സ്വാർത്ഥത ഉണ്ടെങ്കിൽ അതിൽ ബാക്കിയുള്ളവരും തള്ളിവെച്ച അപ്പൊ വണ്ടിയിൽ എടുത്ത് വെച്ച് തള്ളിക്കൊണ്ടുപോയി രാവിലെ എണീറ്റപ്പോ ദ്വാരക മുഴുവൻ ബഹളം രാജാവ് വന്നു പൂജാരി വന്നു ഉദ്യോഗസ്ഥന്മാര് വന്നു ഭഗവാന്റെ ദ്വാരകാധീശന്റെ വിഗ്രഹം കാണാനില്ല അന്വേഷണമായി പോലീസുകാർ വന്നു അന്വേഷണമായി എല്ലാം കഴിഞ്ഞിട്ട് അവസാനം അന്വേഷിച്ച് അന്വേഷിച്ച് പറഞ്ഞു ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്ന ആ മുത്തശ്ശനും മുത്തശ്ശി അവരെ കാണാനില്ല അവരെനിക്ക് സംശയമുണ്ട് പക്ഷെ അവര് പൂക്കിക്കൊണ്ടു പോകാനൊന്നും പറ്റില്ല ഒക്കെ ഉറപ്പിച്ച വിഗ്രഹം അവരെങ്ങനെ എടുത്തു എന്നാണ് എന്നാലും നമുക്കൊന്ന് നോക്കാലോ എന്ന് പറഞ്ഞു അവര് കുറെ ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു കുറെ കുതിരപ്പടയാളികളാണ് ഇവിടെയൊക്കെ പോയപ്പോ പിടിച്ചു വരും വഴിയിൽ ഇവര് വണ്ടിയിൽ തള്ളിക്കൊണ്ടുപോകണം ഇവര് പിടിച്ചപ്പോ ഇവർക്കൊരു കുറ്റം ചെയ്ത ബോധമേ ഇല്ല ഇവര് പറഞ്ഞു ഭഗവാനാണോ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് അവരെ പിടിച്ച അവർ പോണ സ്ഥലത്ത് തന്നെ നിർത്തി രാജാവും മറ്റു ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഇങ്ങോട്ട് വന്നു വന്നിട്ട് വണ്ടിയോടെ വരെ പിടിച്ചു നിർത്തിയിട്ട് എവിടേക്കാണ് കൊണ്ടുപോണത് ഭഗവാനെ അയ്യോ ഞങ്ങൾ കൊണ്ടുപോണതല്ല അവ വന്നതാണ് എന്താ സംഭവിച്ചതെന്ന് ഇവരും പറഞ്ഞു രാത്രി ഇതുമാതിരി സ്വപ്നത്തിൽ ഭഗവാൻ വന്ന് പറഞ്ഞു എന്നെ കൊണ്ടുപോയിക്കൊള്ളൂ എന്നാണ് അപ്പൊ അങ്ങനെ ഭഗവാൻ പറയില്ല എന്നൊന്നും പറയാവുന്നത്രത്തോളം ഭക്തിയില്ലായ്മ അവർക്കില്ല അത്ര ഇപ്പോഴാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാളെ അവർക്ക് അത്രയൊന്നും ഭക്തിയില്ലായ്മ ഇല്ലാത്ത ഭഗവാൻ അങ്ങനെയൊക്കെ കളിച്ചാലും കളിക്കും വിശ്വസിക്കാൻ പറ്റില്ല എന്നാലും ഇവര് പറയണു അങ്ങനെയൊക്കെ കൊണ്ടുപോയാൽ നാളെ ഭക്തന്മാരൊക്കെ ഇവിടെ വരില്ലേ എത്ര ഭക്തന്മാർ തുറന്നു എന്ന് വരുമ്പോ അവിടെ ശൂന്യമായിരിക്കുന്നു ശ്രീകോവിൻ നിങ്ങൾ ഒരു തള്ളുവണ്ടിയിൽ വെച്ചുകൊണ്ട് ഇപ്പൊ നാളെ വേറെ ആരെങ്കിലും വന്നു ഞങ്ങൾക്കും മണന്നു ഓരോരുത്തരായിട്ട് മൂർത്തി എടുത്തുകൊണ്ടുപോയാൽ ഗുരുവായൂരപ്പനെ ഭജിക്കാൻ ഇപ്പൊ ആള് വരുമ്പോൾ അവിടെ ഗുരുവായൂരപ്പന അവിടെ ഇല്ലെങ്കിലോ ഇവനോ അങ്ങനെ ഒരു തോന്നിയാവാസിയാണ് ആരെങ്കിലും വിളിച്ചാൽ അവരുടെ കൂടെ പോവും ബാക്കിയുള്ളവരൊന്നും വിളിക്കണില്ലേ അവരൊക്കെ പറയും ഞങ്ങൾ ഇവിടെ വന്ന് കണ്ടോളാം വീട്ടിലേക്കൊന്നും വരരുത് ആ അപ്പോ ദ്വാരകാധ്യം പറയണേ ഇവര് വിളിക്കണെന്ന് ഞാൻ പോണു നിങ്ങളൊക്കെ എന്നെ ഇവിടെ വെച്ച് പൂട്ടിയിട്ട് പോലും നല്ലവണ്ണം പാക്കറ്റിലിട്ടിട്ട് പോണു ഇവരാണ് വീട്ടിലേക്ക് വരുമെന്ന് വിളിക്കണു അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ പോയിന്നാണ് ഭഗവാന്റെ മതം ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു ഭഗവാന് അവിടെ ശ്രീകോവില് ഇരുന്നാ മതി ഞങ്ങൾ അവിടെ കമ്മിറ്റിയൊക്കെ വെച്ച് നിങ്ങളെ നോക്കിക്കോളാം പുറത്തിറങ്ങാതെ നോക്കിക്കോളാം എല്ലാ ബാക്കി കാര്യം നടന്നാൽ പുറത്തിറങ്ങാതെ നോക്കിക്കോളാം അവിടെ തന്നെ വെച്ചോളാം ഇത് പറഞ്ഞു നാളെ ഭഗവാൻ ഇവിടെ വന്നാലേ ഞങ്ങൾ എന്ത് മറുപടി പറയും ഭക്തന്മാരൊക്കെ കാണാൻ വരുമ്പോ ഇവര് പറഞ്ഞു ഞങ്ങൾക്ക് അതൊന്നും അറിയില്ല ഞങ്ങളോട് ദ്വാരകാധിശൻ പറഞ്ഞു കൊണ്ടുപോകാൻ പറഞ്ഞു ഞങ്ങളിതാ കൊണ്ടുപോകണു ഇവർക്കറിയണു രാജാവിന് ഒരു പേടി നീ നാളെ നിർബന്ധമായി കൊണ്ടുപോയാൽ ഭഗവാൻ എന്തെങ്കിലും കുറുമ്പ് കാണിച്ചതാ ഇപ്പോ രാജാവ് പറഞ്ഞു ഒരു കാര്യം ചെയ്യ ദ്വാരകാധീശന് തുല്യമായ ഘനത്തില് മൂർത്തി ഇത്ര ഉയരമുണ്ട് ആ ഉയരത്തില് ഘനത്തില് തങ്കം സ്വർണം തൂക്കിയിട്ട് അത് തന്നിട്ട് കൊണ്ടുപോയിക്കോടാം ഇവർക്ക് അടുത്ത ദിവസത്തേക്ക് മകയില്ല ഇവരെവിടുന്നു തരും അപ്പൊ ആ ധൈര്യത്തിലാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോഴ അല്ലെങ്കിൽ തിരിച്ചു തരിക ഈ അമ്മ പറഞ്ഞു സ്വർണ്ണത്തിന് ഞങ്ങൾ എവിടെ പോകും ആകപ്പാടെ സ്വർണം എന്ന് പറയുന്നത് താലി കയറിൽ ഇത്രയുണ്ട് അതേ ഉള്ളൂ അപ്പൊ പറഞ്ഞു ആ അമ്മയോട് ത്രാസ് കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുവരിക എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ഈ സ്വർണമേ ഉള്ളൂ ഭഗവാന് ഞങ്ങളുടെ കൂടെ വരാൻ ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ വെയിറ്റ് തുല്യം വാങ്ങിക്കും ഭഗവാന്റെ മൂർത്തിയെ ത്രാസിൽ ഒരു വശത്ത് വെച്ചു കഴുത്തിൽ കെട്ടിയിരിക്കുന്ന താലി അഴിച്ചിട്ട് വേറെ ഒരു ത്രാസിൽ വെച്ചു രണ്ടും തുല്യമായിട്ട് അങ്ങനെ നിന്നു അത്ര എന്ത് ചെയ്യാൻ പറ്റും വെയിറ്റ് കണക്ക് മാത്തമാറ്റിക്സ് ഒക്കെ നമുക്കേ ഉള്ളൂ ഭഗവാന്റെ മാത്തമാറ്റിക്സ് ഒന്നുമില്ല കണക്കൊന്നുമില്ല വല്യമായിട്ട് നിന്നു ഒന്നും പറയാൻ നിർത്തിയില്ല അവർ ദ്വാരകാധീശിനെ കൊണ്ടുപോകണു ഇവർക്ക് അരഞ്ഞു ഭഗവാനോട് അവിടുത്തെ മുഖ്യ പൂജാരിക്ക് മന ഭഗവാൻ ഒരു ദർശനം കൊടുത്തു സ്വപ്നത്തിൽ പറഞ്ഞു അത്ര അടുത്തൊരു കെനറ്റൽ ഞാനുണ്ട് ശരിക്കും ഒരു മാസം കഴിഞ്ഞിട്ട് ആ മൂർത്തി എടുക്കാം അതിനു മുമ്പ് എടുക്കരുത് അപ്പോഴേ ഇവർക്ക് ധൃതിയായി ഇരുപത് ദിവസമോ മറ്റോ കഴിഞ്ഞപ്പോ തന്നെ മൂർത്തി എടുത്തു അപ്പൊ മൂർത്തിക്ക് കണ്ണ് തുറന്നിട്ടില്ല അങ്ങനെയാണത്ര ഇപ്പോഴത്തെ മൂർത്തി ഞാൻ ദ്വാരക പോയിട്ടില്ല കേട്ടിട്ടുള്ള കഥയാണ് ഇപ്പോഴത്തെ മൂർത്തി അങ്ങനെയാണെന്നാണ് കണ്ണ് ഭഗവാന്റെ ആ മൂർത്തി തുറക്കാതെ ഉള്ള മൂർത്തിയാണ് അപ്പോ ഭഗവാനെ പൊക്കിക്കൊണ്ടു പോവാ അപഹരിച്ചു കൊണ്ടുപോവാ അതാണ് ഭക്തന്റെ ലക്ഷണം ഭക്തനൊരു കള്ളൻ ഭഗവാനും ഒരു കള്ളൻ തസ്കരാണാമ്പതേനവ രുദ്രത്തില് ശിവനെ തസ്കര പതി തസ്കരന്മാരുടെ പതി എന്ന് വിളിക്കുന്നത് കള്ളന്മാരുടെ പതി കള്ളന്മാരേ ഈ ഭക്തന്മാര് ഭക്തന്മാരൊക്കെ കള്ളന്മാരാണ് വിശ്വസിക്കാനേ പാടില്ല അവരെന്തിനെ കക്കും എന്ന് വെച്ചാൽ ഭക്തിയെ കക്കും ഭഗവാനെയെ കക്കും ഹൃദയത്തിനെ കക്കണവൻ ഭഗവാൻ ഹൃദയമാകുന്ന വെണ്ണയാണ് കണ്ണൻ കട്ടോണ്ടു പോണത് ഉള്ളം കവൻ കള്ളവൻ ഹൃദയത്തിനെ കട്ടോണ്ടു പോണ കള്ളൻ മോഷ്ടാവൻ അപ്പോ ധന്യാഹാരമത്തെ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേ ചെവിക്ക് മധുരം ചെവിക്കുള്ള മാധുര്യം ഏറ്റവും പ്രധാനം ചെവി കൊണ്ട് കേൾക്കുമ്പോ ഏർപ്പെടുന്ന ഇൻപം കണ്ണുകൊണ്ട് കാണുമ്പോ പോലും ഉണ്ടാവില്ല ശരിക്ക് കാരണം ചെവി എന്നുള്ളത് കുറച്ചുകൂടെ സൂക്ഷ്മമായ ഇന്ദ്രിയമാണ് കണ്ണിനെ കാണും സൂക്ഷ്മമായ ഇന്ദ്രിയമാണ് ചെവി നമ്മൾ വിചാരിക്കുന്നു കാണുന്നതാണോ സുഖം എന്നാണ് ചിലപ്പോൾ പലപ്പോഴും കാണുന്നതിനേക്കാളും സുഖം കേൾക്കണമുണ്ട് ശബ്ദം ഏറ്റവും സൂക്ഷ്മമാണ് ദൃശ്യത്തിനേക്കാളും സൂക്ഷ്മമാണ് ശബ്ദം അപ്പൊ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേ ധന്യാഹാരമന്ത് ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേത്തെ നിഷ്കംപേ നിത്യപൂണ്ണേ നിരവധി പരമാനന്ദപീയൂഷരൂപേ നിർലീന അനേകമുക്താബലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൂ ഗുരുവായൂരപ്പൻ ആരാണെന്ന് വെച്ചാൽ നിർമ്മല ബ്രഹ്മസിന്ധു ബ്രഹ്മമാവുന്ന സമുദ്രം ഉപനിഷദ് ബ്രഹ്മമാവുന്ന സമുദ്രം സമുദ്രത്തിലും മുത്തുകളുണ്ടാവും മുങ്ങി മുത്തെടുക്കാം സമുദ്രത്തിൽ ഈ നിർമ്മലമായ ബ്രഹ്മമാവുന്ന സമുദ്രത്തിലും മുക്താമണികള് മുക്താമണികൾ ധാരാളം ഉണ്ട് മുക്ത എന്ന് വെച്ച മുത്ത് ഇവിടെ മുക്ത മുക്ത എന്ന് വച്ചാൽ ജീവൻ മുക്തന്മാർ ജ്ഞാനികൾ സർവബന്ധ വിമുക്തന്മാരായ എത്രയോ ജീവൻ മുക്തന്മാർ ഈ ബ്രഹ്മസമുദ്രത്തിൽ ലയിച്ചു പോയിട്ടുണ്ട് ഇല്ലാതായിട്ടുണ്ട് അതിനൊക്കെ ഈ സമുദ്രത്തിന്റെ ആഴ അളക്കാനായിട്ട് ഉപ്പുപാവകളെ പോലെ ഇറങ്ങി തിരിച്ചു വന്നില്ല ഒരു ഉപ്പുപാവാ സമുദ്രത്തിന് എത്ര ആഴം നോക്കാൻ വേണ്ടി ഒരു മീറ്ററും കൊണ്ട് ഇറങ്ങി എത്ര തിരിച്ചു വരുവോ പറയാനായിട്ട് നിർമ്മല ബ്രഹ്മസിന്ധൗ നിർലീന അനേകമുക്താവലി സുഭകതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ അതു സുഭഗതമം മൂർത്തിക്ക് അവിടെയാണോ ഭംഗിയെ ഒരമ്പലത്തില് ഭഗവാൻ ഇരുന്നാൽ മാത്രം പോരാ ഭഗവാൻ വലിയ ഗൗരവമൊന്നുമില്ല ഭഗവാൻ വലിയൊരു ശക്തിയൊന്നുമില്ല ശങ്കരാചാര്യസ്വാമി പറയണത് ഭക്തേഷു പ്രകടിത ഫലാഭ്യം നാല് ഭക്തന്മാരവിടെ വന്ന് ഭഗവാനെ ആരാധിച്ച് ഞങ്ങൾ ഈ ഭഗവാന്റെ ദാസന്മാരാണ് പാർശ്വതന്മാരാണെന്ന് പാടിയാൽ ഭഗവാന് ഗൗരവം തമിഴ്നാട്ടിലൊക്കെ വൈഷ്ണവ ക്ഷേത്രമാവട്ടെ ശൈവക്ഷേത്രമാവട്ടെ അത് ഈ ആഴ്വാന്മാരോ നായന്മാരോ പാടിയിട്ടുണ്ടോ എന്ന് ചോദിക്കും പാടിയ ക്ഷേത്രത്തിനാണ് വൈഭവം അല്ലാതെ ഭഗവാനോട് പറയാണ് ഭഗവാന് നീ അവിടെ ഇരുന്നിട്ടോന്നും കാര്യമില്ല ഭക്തന്മാർ പോയി പാടണം നാല് ഭക്തന്മാരെ പിടിച്ചു വെച്ചാലേ ഗൗരവമുള്ളൂ അപ്പൊ ഈ ഭഗവാനും ഭക്തന്മാരെ പിടിക്കാനായിട്ട് ഓടി നടക്കും അപ്പോ സുഭഗതമേ ഭക്തന്മാര് ജ്ഞാനികള് മുക്തന്മാര് ആ ദിവ്യക്ഷേത്രത്തിനെ ആശ്രയിച്ചതുകൊണ്ട് ആ ദിവ്യക്ഷേത്രത്തിന് വൈഭവം അഴകു കൂടി അതിന്റെ സൗന്ദര്യം കൂടി അപ്പൊ സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ രമണ മഹർഷി അരുണാചലത്തിനെ സ്തുതിക്കുമ്പോ പറഞ്ഞു ാഴ്തിടും മെല്ലിയർ ചേർന്ന് അരുണാചല മേന്മെന്ന് വെച്ചാൽ ഉയർ ഉയർച്ച അരുണാചലത്തിന് ആ ഉയർച്ച വൈഭവം എങ്ങനെ വന്നു എന്ന് വെച്ചാൽ മേൽമേൽ താഴ്ന്നിടും മെല്ലിയർ തന്നെ താങ്കൾ താഴ്ന്നു താഴ്ന്ന് താഴ്ന്നു പോയി വിനയാന്വിതരായി ഭഗവാനെ ശരണാഗതി ചെയ്യുന്ന ഭക്തന്മാരുടെ കൂട്ടം പെരുകി പെരുകി ഇത്ര മഹാത്മാക്കൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട് അരുണാചലത്തിനൊരു വൈഭവം ഗുരുവായൂരപ്പന്റെ അടുത്ത് ഭക്തന്മാര് ചേർന്ന് ചേർന്ന് ചേർന്ന് ചേർന്ന് ഗുരുവായൂരപ്പന്റെ ഭക്തന്മാര് ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞു ഗുരുവായൂരപ്പന്റെ ആനന്ദം അനുഭവിക്കുന്ന ഭക്തന്മാര് കൂടെ ഉള്ളതുകൊണ്ട് ഗുരുവായൂരപ്പൻ ഒരു വൈഭവം നിർമ്മല സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധവും സുല്യം ഖലു സത്വമാഹു നിശ്ചലമായ ബ്രഹ്മത്തിൽ ഏർപ്പെടുന്ന അലയാണ് ഈ ഭക്തി നിശ്ചലമായി നിൽക്കുമ്പോ അതിന് സമാധി എന്ന് പേര് നിശ്ചലമായി നിൽക്കുന്ന സമാധിയിൽ ഏർപ്പെടുന്ന ഹ്ലാദിനീ ശക്തി അതായത് ജ്ഞാനാവസ്ഥയിൽ നിശ്ചലമായ വസ്തുവിൽ പ്രഹ്ലാദന ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൊചിത് രുതതി വൈകുണ്ട ചിന്താശബള ചേതന കൊജിത് ഹസതി തച്ചിന്താഹ്ലാദ ഉദ്ഗായതിക്വചിത് നൃത്യതിക്വചിത് അസ്പന്ദ പ്രണയാനന്ദ സലിരാമീലി രക്ഷണ അവസാനം നിശ്ചലമായിട്ട് ആ നിശ്ചലമായിരിക്കുന്ന ബ്രഹ്മവസ്തുവിൽ ചെറിയ ചലനം ഏർപ്പെടുന്നു ആ ചലനത്തിന് ഹഹ്ലാദിനി എന്നാണ് പറയണത് അത് തന്നെയാ പ്രഹ്ലാദൻ എന്ന് പേരും നിശ്ചലമായിട്ടുള്ള ജ്ഞാനികളും ഉണ്ടാവും ആനന്ദലഹരിയിലുള്ളവരും ഉണ്ടാവും രണ്ടു തലത്തിലുണ്ടാവും ഒരുത്തരം അടങ്ങി അങ്ങനെയിരിക്കും ചിലര് ഈ ആനന്ദത്തിൽ തുള്ളിച്ചാടും ചൈതന്യ മഹാപ്രഭു രാമകൃഷ്ണ പരമവംശൻ ഇവരൊക്കെ പാടുകയും നർത്തനം ചെയ്യുകയും ചെയ്യും അതെന്താ ആ നിശ്ചലമായ വസ്തുവിൽ ചലനം ഏർപ്പെടുന്നു ആ ചലനത്തിനെയാണ് ഇവിടെ കല്ലോലം അതില് കല്ലോല ഉല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുഹു അവിടെ ആ സത്വഗുണത്തിൽ ഇങ്ങനെ ഒരു ഉല്ലാസം പോലെയാണ് ഈ ഗുരുവാപ്പന്റെ മൂർത്തിയും ആ അലയാണ് അവിടെ പൊന്തി വന്നതാണ് അതാണ് രാമകൃഷ്ണ പരമവംശ ചൈതന്യ മഹാപ്രഭു ഈ ആടുകയും പാടുകയും എന്നാൽ രമണ മഹർഷിയെ കണ്ടാലോ അധികം ഇത് പുറമേക്ക് കാണില്ല നിശ്ചലമായിട്ടിരിക്കും നിശ്ചല ബ്രഹ്മ സിന്ധുവാണ് അത് അതിൽ ചലനമൊന്നും കാണില്ല പുറമേക്കൊന്നും കാണില്ല അടങ്ങിയിരിക്കണേ ഉണ്ടാവുള്ളൂ ശില പോലെ ഉണ്ടാവും എന്നാൽ രാമകൃഷ്ണ പരമവംസരോ ചൈതന്യ മഹാപ്രഭുവോ ഇവരിലൊക്കെ ഈ ആട്ടവും പാട്ടവും നർത്തനവും ഒക്കെ കാണും അതെന്താ അതിന് ആ സത്വഗുണം നിശ്ചലമായ ബ്രഹ്മത്തിൽ സത്വോത്പത്തിയാണ് അപ്പോ ആ സത്വം ഈ അല അടിച്ചാലും അലയില്ലാതെ നിന്നാലും സമുദ്രം എന്ന് പറയുന്നത് എന്താ വെള്ളമാണ് അതുപോലെ ബ്രഹ്മത്തിൽ അലയുണ്ടായാലും അല ഉണ്ടായിട്ടില്ലെങ്കിൽ ഉള്ളത് ബ്രഹ്മമാണ് അതുപോലെ ഗുരുവായൂരപ്പൻ മൂർത്തിയോടെ ഇരുന്നാലും മൂർത്തി ഇല്ലാതെ ഇരുന്നാലും ഉള്ളത് ആത്മാവാണ് കസ്മാോ നിഷ്കളത്വം സകല ഇതി വചഹാസുയേവ ഭൂമൻ എന്ന് വിളിച്ചാൽ തന്നെ അനന്തമായ വസ്തുവേ എന്ന അനന്തമായ വസ്തു ഭൂമാവിലാണ് സുഖം അല്പത്തിൽ സുഖമില്ല അല്പമായ വസ്തു എങ്ങനെ സുഖിപ്പിക്കും എന്നാൽ ഗുരുവായൂരപ്പൻ ഒരിടത്ത് മാത്രമാണല്ലോ കാണുന്നത് എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ലാതാണ് നിശ്ചലമായ അനന്തമായ ബ്രഹ്മസമുദ്രത്തിൽ പൊന്തി വന്നിട്ട് ഒരു രൂപം കാണിക്കണു ഭഗവാൻ അത്രയോ അത് വീണ്ടും അവിടെ ലയിക്കും വീണ്ടും പൊന്തി വരും അപ്പൊ നിഷ്കളഹ സകളഹ എന്ന് പറയുന്നത് ഒരു രൂപത്തോടെ കലയോടുകൂടി ഇരിക്കുന്നത് ഒരു ഭഗവാന്റെ അവതാര സമയത്ത് മാത്രമാണ് ഇങ്ങനെ ഭഗവാന്റെ ദിവ്യ സ്വരൂപ വർണ്ണനയൊക്കെ വർണ്ണിച്ചിട്ട് ഭട്ടതിരി ഗുരുവായൂരൊപ്പ എന്നോട് പറയാൻ പറ ഭഗവാനെ ശരീരത്തിന് വ്യാധി അനേക കഷ്ടങ്ങൾ എന്തിനാ ഭഗവാൻ ഈ ഭക്തന്മാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എല്ലാവർക്കും ഉള്ള ചോദ്യമാണ് പലരും ചോദിക്കും എന്നാലും ഞങ്ങൾക്ക് ഇങ്ങനെ കഷ്ടം വരണോ എന്ന് ചോദിച്ചു എന്നുവെച്ചാൽ ഞാൻ ഇത്രയൊക്കെ ഭക്തി ചെയ്തിട്ട് ഗുരുവായൂരപ്പൻ നാമം ജപിച്ചിട്ട് നാരായണീയം വായിച്ചിട്ട് കഷ്ടം വരണോ വേറെ ആർക്കെങ്കിലും വന്നാൽ അത്രയൊന്നും കുഴപ്പമില്ല നമുക്ക് വരാൻ പാടില്ല അടുത്ത വീട്ടിലുള്ള ആൾക്ക് വന്നാൽ വളരെ സന്തോഷം പുറമേക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് വരാൻ പാടില്ലല്ലോ അപ്പോ ഇവിടെ പറയണത്തേം ഭട്ടതിരി അങ്ങനെ ആലോചിച്ചു കഷ്ടാതെ സൃഷ്ടിച്ചേഷ്ടാം വിവേകാനന്ദ സ്വാമികൾ നരേന്ദ്രനാഥ ദത്തയായിട്ട് ഇരിക്കുമ്പോ വിവേകാനന്ദനൊക്കെ ആവണതിനു മുമ്പ് സന്യാസമൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഒരുപാട് ദുരിതം കുടുംബത്തിലും വീട്ടിലൊക്കെ രാമകൃഷ്ണ പരമശ്രീ ഈശ്വരനെ കുറിച്ചൊക്കെ പറയുമ്പോ രാമകൃഷ്ണ പരമം പറയും നിങ്ങൾ ഈ ഈശ്വരനെ കുറിച്ചൊന്നും പറയേണ്ട ഈശ്വരന് അരക്കാശിന്റെ വിവരമില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലോകം സൃഷ്ടിക്കോ ഞാനാണ് സൃഷ്ടിച്ചെന്ന് വെച്ചാൽ ഇതിനേക്കാളും ഒരു നല്ല ലോകം സൃഷ്ടിക്കുമായിരുന്നു അത്ര അബദ്ധം ദുഃഖം എവിടെ നോക്കിയാലും വിഷമം മഹാകഷ്ടം ഒരിടത്തും സമത്വമില്ല ഒരാൾ പണത്തിൽ കുതിച്ചു കുളിച്ചു നിക്കുന്നു വേറെ ഒരിടത്ത് ഉണ്ണാനില്ലാതെ അലഞ്ഞു ഇത് എന്തു ലോകം കഷ്ടാതെ സൃഷ്ടി ചേഷ്ട കഷ്ടം ഇത് തന്നെ അങ്ങയുടെ ഒരു ചേഷ്ടൂടെ എന്തിനാ ഈ ചേഷ്ടിക്കണതാണ് കഷ്ടാതെ സൃഷ്ടി ചേഷ്ടഹുതേദാവ ഞങ്ങളൊക്കെ ജീവ അങ്ങക്ക് കളി ഞങ്ങളിവിടെ കിടന്ന് കഷ്ടപ്പെടുക ബഹുതര ഖേദാവം ഇങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ ജീവന്മാരെ ഇങ്ങനെ കിടന്ന് വിഷമിക്കണോ അങ്ങക്കൊരു കളി ഇത്യേവം പൂർവമാലോചിതം പണ്ട് ഗുരുവായൂരപ്പ ഇങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നു വാസ്തവം ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നാരായണി ഒന്നും കുഴപ്പൊന്നുമില്ല ഒരു കുഴപ്പില്ല കുഴപ്പില്ലല്ലോ ഇത്യവം പൂർവമാലോചിതം കഷ്ട്രഷ്ടിചേഷ്ട ഭഗവാനെ അങ്ങയുടെ ഒരു ചേഷ്ട ഉണ്ടല്ലോ ഈ സൃഷ്ടി എന്ന് പറയുന്ന ചേഷ്ടഹുതര ഖേദാവഹാ ജീവഭാജാം ജീവന്മാർക്ക് അനേകം ഖേദങ്ങളെയും ദുഃഖങ്ങളെയും ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇങ്ങനെ ഞാൻ പണ്ട് ആലോചിച്ചിരുന്നു ബഹുദര ഖേദാ മഹാജീവം അജിത അജിത ഭഗവാൻ അജിതന്ന് ജയിക്കാൻ കഴിയാത്തവൻ അർത്ഥം എന്താ ജയിക്കാൻ കഴിയാത്തവന്ന് വെച്ചാൽ ഭഗവാന്റെ സ്വരൂപം സുഖസ്വരൂപം അതിനെയാണ് നമ്മളൊക്കെ അന്വേഷിച്ച് നടക്കുന്നത് അറിയാതെ പക്ഷെ ജയിക്കാനേ പറ്റണില്ല പൂർണമായിട്ട് അതിന് ജയിക്കാൻ പറ്റണില്ല ഇത്തിരി സുഖം വരുന്നുള്ളൂ പോകണു ദുഃഖം വരണു അതുകൊണ്ടാണ് ഭഗവാനെ അജിതെന്ന് വിളിച്ചത് ബഹുദരഖേദാവ ജീവവാചം ഈ അജിതനെ എപ്പോ ജയിക്കാംന്ന് വെച്ചാൽ കുചേലനെ പോലെ പരമദരിദ്രനായിരുന്നിട്ടും സംസാരത്തിൽ മുഴുവൻ പരാജയപ്പെട്ടിട്ടും പരമശാന്തിയോടുകൂടെ സുഖമായിട്ടിരിക്കണം ഗുരുവായൂരപ്പന്റെ അടുത്തിരുന്നിട്ടും അങ്ങനെയും ഭക്തന്മാരുണ്ട് ഗുരുവായൂർ വരെ പോയിട്ട് കാണാൻ പോവാൻ പാടില്ല എന്നിട്ട് അവസാനം ഗുരുവായൂരപ്പൻ നിർബന്ധിച്ച് നിർബന്ധിച്ച് വിളിച്ചിട്ട് വേണം ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോവാൻ എന്നിട്ട് ഗുരുവായൂരപ്പൻ ഭക്തനെ സത്കരിച്ച് ഗുരുവായൂരപ്പന് ഭക്തനെ കാണുമ്പോൾ രോമാഞ്ചം ഉണ്ടാവണം കണ്ണിൽ കണ്ണീരം ഉണ്ടാവണം യാതൊരു വികാരമില്ലാതെ ഗുരുവായൂരപ്പന്റെ സൗഖ്യമായിട്ട് ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയി താമസിച്ചിട്ട് തിരിച്ചു വരണം അപ്പോ അതായത് അതാണ് കുചേലന്റെ മഹത്വം യാതൊരു വികാരപ്പെടുന്നില്ല കൃഷ്ണൻ കുചേലനെ തൊട്ടിട്ട് സഖ്യുഹു പ്രിയസ്യ വിപ്രഷേഹേ അംഗസംഗ അതിനിർവൃതഹാണ് ഭഗവാനാണ് രോമാഞ്ചം ഉണ്ടാവണോ ഭഗവാൻ കണ്ണീർ ഉണ്ടാവണു ഭഗവാൻ വികാരം ഉണ്ടാവണു ഇയാൾക്ക് ഒന്നുമില്ല പരമസാത്വികം വെണ്ടാതിരിക്കണു അവിടെ ഊണ് കഴിച്ചു തിരിച്ചു വന്നു എന്നിട്ട് അവസാനം പറഞ്ഞ അജിതം പരാജിതം അജിതനായ ഗുരുവായൂരപ്പൻ തോറ്റുപോയി എന്നാണ് അദ്ദേഹത്തിന്റെ മുമ്പ് അജിതനായ ഭഗവാൻ തോറ്റുപോയി അജിതനെ തോൽപ്പിക്കാൻ ഒരേ വഴിയേ ഉള്ളൂ നിശ നിരപേക്ഷൻ യാതൊരു ആഗ്രഹവും ഇല്ല ഭഗവാന്റെ അടുത്തുനിന്ന് ഒന്നും ചോദിക്കണില്ലെങ്കിൽ അജിതൻ പരാജയപ്പെട്ടിട്ട് പുറകെ നടക്കുമോ അത്ര ഭക്തന്റെ എപ്പോഴാ ഭഗവാനെ അജിതനാവണതാന്ന് വെച്ചാൽ നമുക്ക് ആഗ്രഹമുള്ളത്തോളം ഭഗവാൻ അജിത്തൻ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ പോയോ ഭഗവാൻ അജിതൻ കബീർദാസ് പറയണു ലോകത്തിലുള്ളവരൊക്കെ രാമ രാമ രാമാ എന്ന് വിളിച്ച് നടക്കണു രാമൻ അവരുടെ കൂടെ പോണില്ലേ രാമൻ എന്റെ പുറകില് കബീർ കബീർന്ന് വിളിച്ചോണ്ട് നടക്കണോന്ന് എന്തിനാ വിളിച്ച് നടക്കണം അറിയാം അജിത് അപ്പൊ ഭഗവാനെ അജിതാന്ന് വിളിക്കാൻ കാരണം അങ്ങയുടെ സൃഷ്ടിച്ചേഷ്ട കഷ്ടം എന്ന് വിചാരിച്ചുവല്ലോ അതുകൊണ്ട് അജിത് എന്നാൽ ഇപ്പോഴോ ഇപ്പൊ അങ്ങനെ തോന്നണില്ല നൈവമദ് ഇപ്പൊ അങ്ങനെ തോന്നണില്ല ഇപ്പൊ എന്താ തോന്നണതെന്ന് വെച്ചാൽ നോചെയ്ത് അങ്ങനെ ഇല്ലെങ്കിൽ ജീവാകഥം മധുരതരമിതം രസ ആർദ്രം ആർദ്രം എന്ന് വെച്ചാല് നനഞ്ഞത് ഊറി നിൽക്കണത് ആർദ്രവുമായിട്ടുള്ളത് ദ്രവിച്ച് നിൽക്കുന്നത് ഇവിടെ എന്താ ഇപ്പോ സ പഴമൊക്കെ നല്ല ഓറഞ്ചൊക്കെ അങ്ങനെ രസത്തോടുകൂടെ അങ്ങനെ പിഴിഞ്ഞാൽ കിട്ടണ പോലെ നിൽക്കുമ്പോ അതുപോലെ ഭഗവാൻ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഗുരുവായൂരപ്പനെ ഒന്ന് പിഴിയണം എന്നാണ് പിഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് വെച്ചാൽ ചിദ്രസാർദ്രം ചിദ്രസം ആത്മാവിന്റെ സ്വരൂപമാണ് ചിത്ത് ചിത്ത് എന്ന് വെച്ചാൽ ബോധം ബോധം ചൈതന്യം സാന്ദ്ര ആനന്ദ അവബോധം ആ അവബോധം അതങ്ങനെ ഉറ്റുറ്റു വീടുകൊണ്ടിരിക്കണം ആ സന്നിധിയിൽ മുഴുവൻ എന്താ ചൈത്യം ഇവ പ്രതീതം എവിടെ നോക്കിയാലും ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന പ്രതീതി ഭഗവാന്റെ രൂപം ശരീരമോ ചിദ്രസം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മേനി ശർക്കര കൊണ്ടോ ഒരു ബൊമ്മ ഒരു പാവ അതിലെ മാധുര്യം ഇങ്ങനെ ഇറ്റം നിക്കണ പോലെ ചൈതന്യം കൊണ്ട് ഉണ്ടാക്കിയ ഒരു പാവ ഒരു വിഗ്രഹം മൂർത്തി അപ്പൊ ഛിദ്ര സാദ്രം അതിനെ കാണാൻ ഈ ജീവൻ എവിടെ ഭാഗ്യം കിട്ടും കാണുക എന്ന് വെച്ചാൽ പരിപശ്യന്തി സൂരയാഹ കാണോ പോലെ കാണണം അല്ലാതെ വെറുതെ കണ്ടാ പോരാ ശരിക്കു കാണണം കണ്ട ഒരിക്കൽ കണ്ടാ മതി ഒരേ ഒരു ശരിക്ക് കണ്ടാൽ പിന്നെ കാണേണ്ടിയേ ഒരിക്കലും ഹൃദയം വിട്ട് പോവില്ല അങ്ങനെ കാണുകയാണെങ്കിൽ പക്ഷെ അങ്ങനെ കാണാൻ ഉള്ള പക്വത വേണം ജീവൻ അതെപ്പോ വരും ദുഃഖം അനുഭവിച്ച് വിഷമം അനുഭവിച്ച് അതാ കുന്തിദേവി അതാണ് ഭഗവാനോട് വിപതഹാസന്തുല ശശ്വത് എന്ന് പറഞ്ഞു കൃഷ്ണ ആപത്തിന് മേൽ ആപത്ത് അനർത്ഥത്തിന് മേൽ അനർത്ഥം ദുഃഖത്തിന് മേലെ ദുഃഖം ഇത് അനുഭവിച്ച് അനുഭവിച്ച് പരിപാകപ്പെട്ട ജീവന് ഭഗവാൻ അല്ലാതെ ബാക്കിയുള്ളതൊന്നും വസ്തുവല്ല എന്ന് തോന്നിപ്പോകണം അങ്ങനെ വന്നിട്ട് ഭഗവാന്റെ അടുത്ത് വരുമ്പോ ഗുരുവായൂരപ്പനെ കാണുമ്പോ ഗുരുവായൂരപ്പൻ മാത്രം ശാശ്വതം ബാക്കി ഒക്കെ അശാശ്വതം എന്ന് അപ്പ തോന്നും അതിനു മുമ്പ് ഗുരുവായൂരപ്പന്റെ അടുത്ത് വന്നാലും ഗുരുവായൂരപ്പന്റെ അടുത്ത് തന്നെ ജോലി കിട്ടിയാൽ പോലും ഗുരുവായൂരപ്പനെ ഒഴിച്ചു ബാക്കിയൊക്കെ നമുക്ക് നോക്കാൻ തോന്നും നമ്മൾ വാസനയ്ക്കനുസരിച്ചാണ് ഇന്ദ്രിയ വ്യാപാരം വാസനകൾ ഇനിയും പുറമേക്ക് സുഖമുണ്ടോ എന്ന് തോന്നും തോറും പുറമേക്ക് ഓടിക്കൊണ്ടിരിക്കും പുറമേക്ക് മുഴുവൻ ദുഃഖമാണെന്ന് അറിഞ്ഞാൽ ഭഗവാന്റെ അടുത്തേക്ക് തിരിയും അപ്പൊ എപ്പോ അറിഞ്ഞു ഈ ദുഃഖമൊക്കെ അനുഭവിച്ചു കഴിഞ്ഞപ്പോ വിഷമമൊക്കെ അനുഭവിച്ചു കഴിഞ്ഞപ്പോ സൃഷ്ടിയിലുള്ള ഈ ചേഷ്ട മാക്സിമം കഷ്ടപ്പെടുത്തിയപ്പോ ഇപ്പൊ എന്തുവു ചിദ്രസാർദ്രം ആത്മാവിന്റെ സ്വരൂപം ഛിദ്രസമാണ് അതിനെ കാണണമെങ്കിൽ ഭൂമിയിൽ ബോറിട്ടിട്ട് ഉള്ളിലേക്ക് ഇറക്കി വെള്ളമെടുക്കണ പോലെ ബുദ്ധിയിലെ ഒരു ആഴ്ന്ന ഇറങ്ങി ഹൃദയത്തിലേക്ക് ഇറങ്ങി അവിടെ ബോറിടണം പാറ വെടി വെക്കണം അഹങ്കാരത്തിന്റെ പാറയുണ്ട് അത് പൊട്ടിച്ച് ഉള്ളിൽ പോയിട്ട് വേണം തണുത്ത അമൃതം പോലെയുള്ള വെള്ളം കുടിക്കാൻ ഈ അഹങ്കാരത്തിന്റെ പാറ അത്ര പെട്ടെന്നൊന്നും പൊട്ടില്ല പക്ഷെ ഇവിടെ ആ വിഷമമില്ല ഇവിടെ എന്താ നേത്ര ഈ ശ്രോത്ര ഈശ്വീത്വ ഇവർക്കറിയാതെ തന്നെ ഇത് നടക്കും രസമായിട്ട് തന്നെ ഈ കണ്ണുകൊണ്ട് ദിവ്യമായ ഭഗവാന്റെ മൂർത്തിയെ കണ്ടുകൊണ്ട് ശ്രോത്രം കൊണ്ട് ഭാഗവതം കേട്ടുകൊണ്ട് ഭഗവത് കഥകൾ കേട്ടുകൊണ്ട് നേത്രീ ഹി അതാണ് ചെവി കൊണ്ട് കുടിക്കുമോ കണ്ണുകൊണ്ട് കുടിക്കുക ചെവി വായേ പറഞ്ഞില്ല അവിടെ വായുകൊണ്ട് കുടിക്കണ കാര്യമേ പറഞ്ഞില്ല ഇത് ഒരിക്കലും കുടിച്ചാൽ ലഹരി പോവുകയില്ല രാമകൃഷ്ണ പരമവംശറെടുത്തേക്ക് കാളിപാദഘോഷം ഒരു ഭക്തൻ വന്നു നല്ലവണ്ണം കുടിക്കുന്ന ആളായിരുന്നു മദ്യപൻ ശ്രീരാമകൃഷ്ണദേവൻ ഇങ്ങനെ ലഹരി പിടിച്ചിരിക്കണ കണ്ടപ്പോ ഇദ്ദേഹം വിചാരിച്ചു നമ്മളെ പോലെ തന്നെ അപ്പൊ ആരുമില്ലാത്ത സമയത്ത് രാമകൃഷ്ണ പരമവംസരോട് ചോദിച്ചു അത്രേ നിങ്ങൾ എന്ത് കുടിക്കണത് ഫോറിനാണോ ഇന്ത്യനാണോ ചോദിച്ചു അത്രേ വിദേശിയാണോ സ്വദേശിയാണോ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു സ്വദേശിയാണ് വിദേശിയോ ഒന്നുമല്ല പക്ഷെ ഒരേ ഒരിക്കൽ കുടിച്ചാൽ മതി പിന്നെ ജീവിതം മുഴുവൻ മത്തി പിടിച്ച നടക്കാം വെറുതെ വെറുതെ കുടിക്കൊന്നും വേണ്ട കാശൊന്നും ചെലവില്ല അരക്കാശ് ചെലവില്ല ഒരേ ഒരിക്ക കുടിച്ചാൽ മതി ജീവിതം മുഴുവൻ മത്തുപിടിച്ച നടക്കാം പക്ഷെ ഇത് വായ കൊണ്ട് കുടിക്കേണ്ടതല്ല നേത്രയും ശ്രോത്ര ശബിത്വ പരമരസസുഖം ബോധിപൂരേ രമേരന്ന് കണ്ണുകൊണ്ടും ചെവി കൊണ്ടും കുടിക്കണം കണ്ണുകൊണ്ട് ദിവ്യമായ രൂപത്തിനെ കാണുന്നു ചെവി കൊണ്ട് ഭഗവത് കഥകളെ കേൾക്കുന്നു പ്രേമത്തോട് ഭക്തിയോടുകൂടെ കേൾക്കുമ്പോൾ കർണനാടിയും പുരുഷ ചെയ്യാത ഭവപ്രദാം ഗേഹരത്തി ചെവിയാവുന്ന ദ്വാരത്തിലൂടെ ഒരു നാടിയിലൂടെ ഹൃദയത്തിലിറങ്ങി സംസാരവ്യാധിയെ ശമിപ്പിക്കും അപ്പോ ഇത്യേവം നേത്രൈ ശ്രോത്രൈശ് ചവിത് പരമരസസുധാം ബോധി സുധാം ബോധി എന്ന് വെച്ചാൽ അമൃതസമുദ്രം അമൃത സമുദ്രത്തിൽ വീണ് രമിക്കാം ഇതെങ്ങനെ സാധിക്കും ഇതെങ്ങനെ സാധിക്കും ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഭഗവാനെ ജന്മം മുഴുവൻ ഈ ജീവൻ ഇങ്ങനെ അലഞ്ഞു നടക്കണത് അത് തരാനുള്ള ഒരേ മൂർത്തിയായി ഭഗവാൻ ഇരിക്കണം ഗുരുവായൂരപ്പൻ ഇരിക്കണം ഭഗവാന്റെ കൃഷ്ണാവതാരം മുഴുവൻ നോക്കിയാൽ ഈ പരമാനന്ദ ദാനമാണ് എന്തിനാ ഭഗവാൻ ജനിച്ചതെന്ന് വെച്ചാൽ ശ്രവണസ്മരണാർഹാണി കരിഷ്യന് കുന്തിദേവി തന്നെ പറയണു ബ്രഹ്മാവ് പറയണോ സ്തുതിക്കുമ്പോ ഭാഗവതത്തിലെ ഉദ്ദേശം കംസനെ കൊല്ലലോ ഭൂമിയുടെ ഭാരം ക്ഷയിപ്പിക്കലോ അതൊക്കെ സബ് ചെറിയ ബൈ പ്രോഡക്ട്സാണ് അവതാരത്തിന്റെ അവതാരത്തിന്റെ മുഖ്യ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ നമ്മളിതാവിടെ ഇരുന്നിട്ട് നാരായണീയം പറയണമല്ലോ ഇതാണ് പ്രയോജനം കൃഷ്ണൻ അന്ന് അവതരിച്ചതിന്റെ പ്രയോജനം ശ്രവിക്കാനും സ്മരിക്കാനും ഉള്ള വിഷയങ്ങളിവിടെ ഉണ്ടാക്കണം കഥകൾ ഉണ്ടാക്കണം അപ്പൊ ശ്രവണ സ്മരണാറിഹാണി അങ്ങനെ എന്താ പ്രയോജനം വെച്ചാൽ എത്രയോ ജീവൻ കരകയറും ഒരു ഭക്തൻ ശ്രീരാമനോട് പറഞ്ഞു അങ്ങയൊന്നും എനിക്ക് വേണ്ട എന്നാണ് അപ്പൊ എനിക്ക് ഒരു വിലയിലാണ് രാമൻ പറഞ്ഞു എന്നാ ഞാനിതാ പോ ധാരാളമായിട്ട് പോയിക്കോളാം എനിക്ക് അങ്ങേ വേണ്ടേ വേണ്ട അങ്ങയുടെ കഥയുണ്ട് അങ്ങയുടെ നാമമുണ്ട് ദുസ്ത്യജസ്ത കഥാർത്ഥ ഭ്രഹ്മരഗീതത്തിൽ ഗോപികൾ പറഞ്ഞു അവന് വേണ്ട അലം അസിതസഖ്യൈ ഹി കറുപ്പുസ്വാമിയുമായിട്ടുള്ള ബന്ധമേ വേണ്ട അവന് പേരവര് വെച്ചത് കറുപ്പുസ്വാമി എന്നാണ് കറുപ്പൻ ഈ കറുപ്പനുമായിട്ടുള്ള ബന്ധമേ വേണ്ട പക്ഷെ അവന്റെ കഥയും വേണം അലം അസിതസഖ്യൈ ഹി ദുസ്ത്യജസ്തത് കഥാർത്ഥ അവൻ വേണ്ട അവൻ പോയിക്കോട്ടെ എവിടെയോ പോയിക്കോട്ടെ അവനെ പിടിച്ചു നിർത്താനും പറ്റില്ല പക്ഷെ ഈ കഥ ഭഗവത് കഥ ശ്രവണ സ്മരണാർ കാണി ശ്രവിക്കാനും സ്മരിക്കാനും ഉള്ള വിഷയം അങ്ങനെ ശ്രവിച്ച് സ്മരിച്ച് എന്തുണ്ടാവും വെച്ചാൽ അസ്ഖലിതാമതിഹി നാരദ മഹർഷി വ്യാസർക്ക് ഉപദേശിക്കുമ്പോ ഭാഗവതം ഉപദേശിക്കുമ്പോ വ്യാസനോട് പറയുന്നു വ്യാസനെ ചലിക്കാത്ത ബുദ്ധി കഥകള് കേട്ട് കേട്ട് കൃഷ്ണകഥയെ കേട്ട് കേട്ട എന്താവണം എന്ന് വെച്ചാൽ അസ്ഖലിതാമതിർമ്മമ ബുദ്ധി അവിടുന്ന് സ്മലിക്കാതെ പ്രിയശ്രവസ്യ അസ്ഖലിതാമതിർമ്മമ ഭഗവാൻ ഒരു പേര് വെച്ച് പ്രിയശ്രവൻ കേൾക്കുമോറും ഇൻപം ആനന്ദം കേൾക്കാൻ കേൾക്കാൻ പ്രിയം കേൾക്കുമ്പോ ആനന്ദം തോന്നും അങ്ങനെ പ്രിയമായി ഭഗവാനെ കേട്ട് കേട്ട് കേട്ട് ധ്യാനിക്കാൻ ഇങ്ങനെ ഇരിക്കണം എന്നൊന്നുമില്ല യോഗസാധനയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പിടിച്ച് മനസ്സ് പുറത്തു പോകണം അതിനെ വലിച്ചുകൊണ്ടുവന്ന് ഇരുത്തിയൊക്കെ വേണം ഇവിടെ അതൊന്നുമില്ല വസ്തുവിനെ കേട്ടാൽ മതി എന്താ ഉള്ള വസ്തുവാണ് നേടേണ്ട വസ്തു ഒന്നുമില്ല പിടിച്ചുകൊണ്ട് വരേണ്ട വസ്തു ഒന്നുമില്ല എപ്പോഴും ഉള്ള വസ്തു സദാ ഉള്ള വസ്തു സദാ പ്രകാശിക്കണ വസ്തു ആത്മത്വാ സർവഭൂതാനാം സിദ്ധത്വാദിഹ സർവത പ്രഹ്ലാദം പറഞ്ഞു അസുരക്കുട്ടികളോട് അച്യുതനെ ആരാധന ചെയ്യൂ അസുരക്കുട്ടികൾ പറഞ്ഞു അയ്യോ പ്രഹ്ലാദ അച്യുതനെ ആരാധിക്കാൻ ബുദ്ധിമുട്ടല്ലേ ആ ധ്രുവനെ നോക്കൂ കഠിനമായി ഒറ്റക്കാലിൽ നിന്ന് ആദ്യത്തെ ഒരു മാസം മൂന്ന് ദിവസം കൂടുമ്പോ ഒരു പഴം എന്തോ തിന്നു രണ്ടാമത്തെ ഒരു മാസം ആറു ദിവസം കൂടുമ്പോ ഉണങ്ങി വീണ ഇല തിന്നു മൂന്നാമത്തെ മാസം പന്ത്രണ്ട് ദിവസം കൂടുമ്പോ വെള്ളം കുടിച്ചു ഒമ്പത് ദിവസം കൂടുമ്പോ വെള്ളം കുടിച്ചു നാലാമത്തെ മാസം പന്ത്രണ്ട് ദിവസം കൂടുമ്പോ വായു അഞ്ചാമത്തെ മാസം അതും നിർത്തി ഇങ്ങനെയൊക്കെ തപസ് ചെയ്യാൻ ഞങ്ങൾക്ക് വയ്യാകും പ്രഹ്ലാദം പറഞ്ഞു നിങ്ങൾ തപസേ ചെയ്യേണ്ട ധ്രുവന് ഭഗവാനൊന്നും കിട്ടിയില്ല ദുരുവന് തപസ് ചെയ്തിട്ട് കിട്ടിയത് എന്താ സിംഹാസനം ഭഗവാനെ കിട്ടാൻ തപസ്സൊന്നും വേണ്ട നിങ്ങൾ ഏകാദശി കൂടെ വേണ്ട എന്നാണ് വേണ്ട ഊണ് കഴിക്കാതെ ഇരിക്കണ്ട കഴിച്ചോളൂ അത് പറയുമ്പോഴാണല്ലോ വിഷം അതുപോലും പറഞ്ഞില്ല സുഖമായി ശാപ്പിട്ടോളുക എന്ത് വേണമെങ്കിൽ ചെയ്തോളുക അച്യുതം പ്രീണയത്തോ ബഹ്വായ സോ അസുരഭകാ അച്യുതനെ പ്രീതിപ്പെടുത്താൻ യാസപ്പെടേണ്ട എന്താ കാര്യം ആത്മത്വാ സർവഭൂതാനാം സിദ്ധത്വാദിക സർവതഹ സിദ്ധമായ വസ്തു കിട്ടിയ വസ്തു ഇവിടെ തന്നെ സപ്താഹത്തിന്റെ നടുവിൽ കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി കഴിഞ്ഞപ്പോ സ്വപ്നം കാണുന്നു സപ്താഹത്തിന്റെ നടുവിൽ ഇപ്പൊ വീട്ടിലിരിക്കാണ് എനിക്ക് ഭാഗവതം കേൾക്കാൻ പോണം ഭാഗവതം കേൾക്കാൻ പോകണം എന്ന് പറയുന്നു വീട്ടിലുള്ളവർ പറയുന്നു പോവാൻ പറ്റില്ല ഇവിടുന്ന് ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ദൂരമുണ്ട് ബസ്സിൽ കയറണം ബസ്സിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും രണ്ട് ബസ് കയറി പോകണം ഓട്ടോയിൽ പോണമെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇതൊക്കെ ആലോചിച്ച് ഈ വിഷമിച്ച് അങ്ങനെ പോകണോ ഇങ്ങനെ പോകണോ എന്നൊക്കെ ആരോ വന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ചു നോക്കുമ്പോഴാണ് സപ്താഹത്തിൽ തന്നെ ഇരിക്കണം പറഞ്ഞു കേട്ടോണ്ടിരിക്കുകയാണ് ബസ്സിലും കയറണ്ട ട്രെയിനിലും കയറേണ്ട ഓട്ടോവും പിടിക്കേണ്ട ദൂരത്ത് പോകും വേണ്ട നടക്കവും ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് എഴുന്നേറ്റാൽ മതി അല്ലെ ഉറക്കത്തുനിന്ന് എഴുന്നേറ്റാൽ സപ്താഹം കേട്ടുകൊണ്ടിരിക്കണം ആരെങ്കിലും അടുത്തിരിക്കേണ്ട എഴുന്നേപ്പിച്ചു വിടാം അത് മതി അവര് ചിലപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും എഴുന്നേപ്പിച്ചു വിട്ടാൽ മതി എഴുന്നേപ്പിച്ചു വിട്ടാൽ ഉണർത്തി വിട്ടാൽ ഇവിടെ തന്നെ ഇരിക്കണോ എവിടെയുമേ പൊണ്ട അല്ലെ അപ്പൊ അതുപോലെ സിദ്ധത്വാദ് കിട്ടിയ വസ്തു എന്നാണ് പ്രഹ്ലാദം പറയണത് ഒരു വിഷമവും ഇല്ല പ്രഹ്ലാദം ഞാൻ ഒരു സാധനയും ചെയ്തില്ല ഒരു അനുഷ്ഠാനവും ചെയ്തില്ല ഗർഭത്തിൽ കിടക്കുമ്പോ നാരദ മഹഷി അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തേ ഞാൻ കേട്ടു അത്രയേ ഉള്ളൂ കേട്ടപ്പോഴേ വേണം എന്ന് ഉടനെ ഭഗവാൻ ഹൃദയത്തിൽ വന്നിരുന്നു അല്ലാതെ തലകുത്തി നിന്ന് ശ്വാസം അടക്കി പിടിച്ച് ഭക്ഷണി കിടന്ന് ഒന്നും വിഷമിച്ചില്ലേ വേണം എന്ന് വെച്ചാൽ ഭഗവാൻ വരാൻ തയ്യാറാണ് പക്ഷെ പലർക്കും വേണമെന്നില്ല വേണമെന്നില്ല വന്നാൽ അപകടമാണോ എന്നൊരു പേടി പോലും ഉണ്ടാവും വേണം ചോദി ഭഗവാനെ വേണമെന്നുണ്ടെങ്കിൽ സുലഭം കാരണം കിട്ടിയ വസ്തു ആത്മാവിനെ എവിടെ തെറിയണം സിദ്ധമായ വസ്തു സദാ ഉള്ള വസ്തു അതിലാണ് ആത്മാവിലാണ് പ്രപഞ്ചമേ പ്രകാശിക്കുന്നത് പ്രപഞ്ചമാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആത്മാവല്ല ശരീരം വന്നു പോയിക്കൊണ്ടിരിക്കണു ആത്മാവല്ല മനസ്സ് വന്നു പോയിക്കൊണ്ടിരിക്കണു ആത്മാവല്ല അപ്പൊ ശരീരം മനസ്സ് ബുദ്ധി ഇതൊക്കെയാണെങ്കിൽ വന്നിട്ട് പോകും പക്ഷേ ഭഗവാൻ വന്നിട്ട് പോണ വസ്തു ഭഗവാൻ എപ്പോഴും ഉള്ള വസ്തു ശരീരം കിട്ടണമെങ്കിൽ കർമ്മം ചെയ്യണം കർമ്മം ചെയ്തിട്ട് വാങ്ങി കർമ്മത്തിന്റെ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് ശരീരം കർമ്മമാവുന്ന കാശു കൊടുത്ത് വാങ്ങിച്ചതാണ് മനസ്സ് കർമ്മത്തിന്റെ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ് വീടും സുഖ ഒക്കെ പുണ്യത്തിന്റെയോ പാപത്തിന്റെയോ പക്ഷെ ആത്മാവിനെ ഒരു കർമ്മം കൊണ്ടും കിട്ടില്ല പിന്നെ ആത്മാവിന് എങ്ങനെ കിട്ടും അറിഞ്ഞാ മതി ഇപ്പോഴേ കൊണ്ട് ഒന്നും ചെയ്യേണ്ട ഈ ശരീരം മനസ്സ് ബുദ്ധി ഇതൊന്നും ഞാനല്ല എന്ന് തള്ളി മാറ്റിയാൽ ഇതിനൊക്കെ അധിഷ്ഠാനമായി എപ്പോഴും എന്തുണ്ടോ അത് ആത്മാവാണ് ഇതാദ്യം അറിയുക ഇതിനെ നല്ലവണ്ണം വിചാരം ചെയ്യുക ഒന്ന് ഉറപ്പിക്ക ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാനേ ഉള്ളൂ എന്ന് അനുഭവപ്പെടും ക്രമേണ നമുക്ക് ഭഗവാനേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ വന്ന് വന്ന് വന്ന് പോയിക്കൊണ്ടിരിക്കണം നമ്മളുടെ ശരീരമടക്കം നമ്മളുടെ ശരീരമടക്കം ഈ പ്രപഞ്ചമടക്കം എല്ലാം വന്നും പോയും കൊണ്ടിരിക്കണം സൂര്യചന്ദ്രന്മാരടക്കം ഗോളങ്ങളൊക്കെ വന്നും പോയും കൊണ്ടിരിക്കുന്നു പൊലിയുന്നു ഉണ്ടാവണു പക്ഷെ ആ സർവേശ്വരൻ ഇതിനൊക്കെ ആസ്പദമായ അധിഷ്ഠാനമായ വസ്തു ഒരിക്കലും മാറാതിരിക്കുന്നു അതുകൊണ്ടാണ് ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി എന്ന് പറഞ്ഞു ഭഗവാൻ എന്ന് ആ വസ്തുവിനെയേ പറയാൻ പാടുള്ളൂ ബാക്കിയുള്ളതൊക്കെ വന്നു പോണതാണ് ബാക്കിയുള്ളതിനൊക്കെ ജനനമുണ്ട് മരണമുണ്ട് വികാരങ്ങളുണ്ട് ഇതിന് ജനനമില്ല മരണമില്ല വികാരമില്ല ഗുരുവായൂരപ്പൻ സദാ ഉള്ള വസ്തു ആ ഗുരുവായൂരപ്പനിൽ പ്രപഞ്ചം ഉണ്ടാവണം അല്ലാതെ പ്രപഞ്ചത്തിൽ ഗുരുവായൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലല്ല ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പനിൽ പ്രപഞ്ചം ഗുരുവായൂരപ്പനിൽ ഗുരുവായൂർ ഗുരുവായൂരപ്പനിൽ സകല ശകരാചരങ്ങളും നിൽക്കണം അതാണ് നിഷ്കളസ്ത്വം സകല ഇതിവചാ ത്വത്കലാസ്വേമഭൂമൻ എന്ന് പറഞ്ഞത് ആ നിഷ്കളമായ അധിഷ്ഠാനമായ ഗുരുവായൂരപ്പനൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഗുരുവായൂരപ്പനെ അറിയണമല്ലോ അതിനെന്താ വഴി ഭഗവാനെ ധ്യാനിക്കണം പ്രേമപൂർവം ഉപാസിക്കണമല്ലോ എന്ന് വെച്ചാൽ ഗുരുവായൂരപ്പന്റെ ആ ദിവ്യരൂപം മനസ്സിൽ ബാസിക്കാനായിട്ടാണ് ഭഗവാന്റെ ധ്യാനം പറഞ്ഞത് സൂര്യസ്പർധി കിരീടം ഊർധ്വതിലക പ്രോർഭാസി ഫലാന്തരം കാരുണ്ാകുലനേത്രം ആർദ്ര സ്വദ്രൂപം വനമാല്യ ഹാരപടല ശ്രീപത്സതിപ്രം ഭജേ ഭഗവാന്റെ ആ ദിവ്യരൂപം സൂര്യനെ കടത്തിവെട്ടുന്ന രീതിയിൽ ഉജ്വലമായ കിരീടം അതിന് ചുവട്ടല് ഊർധ്വപുണ്ഡ്രം വികസിച്ച നെറ്റിയിൽ ആ ഊർധ്വപുണ്ഡ്രം വിശാലമായ താമര കണ്ണുകള് കണ്ണുകൾ മാത്രം ആ കണ്ണിലോ അനന്തമായി സമുദ്രത്തിൽ അലയടിക്കുന്ന പോലെ കാരുണ്യം അല തല്ലുന്നു എവിടെ കാരുണ്യം ഏത് കണ്ണുകളിലുണ്ടോ ആ കണ്ണുകൾക്ക് പുറകിൽ ഭഗവാൻ ഉണ്ടോ കാരുണ്യം ഭഗവാന്റെ സ്വരൂപം കാരുണ്യാകുലം ഭഗവാന്റെ കാരുണ്യത്തിനെ സാക്ഷാത്കരിക്കണം കാരുണ്യത്തിനെ സാക്ഷാത്കരിക്കാന്ന് വെച്ചാൽ എന്താ പിന്നെ ജീവിതത്തിൽ എന്ത് ദുരിതം വരട്ടെ എത്ര വലിയ മഹാവ്യാധി വരട്ടെ മരണമേ മുമ്പിൽ വരട്ടെ എന്ന് നമുക്ക് തോന്നും ഭഗവാന്റെ കാരുണ്യം ഇനി ഇവിടെ ജീവിച്ചാൽ കഷ്ടം അതുകൊണ്ടായിരിക്കും ഭഗവാൻ നമുക്ക് ഇങ്ങനെ തന്നത് ഇനി എത്ര വലിയ കഷ്ടം വരട്ടെ ഈ കഷ്ടത്തിന്റെ രൂപത്തിൽ ഭഗവാന്റെ കാരുണ്യം നമുക്കറിയില്ല കാരുണ്യത്തിന് നമ്മൾ ഒരു അവധി വയ്ക്കണു കാരുണ്യം എന്ന് വെച്ചാൽ പണത്തിന്റെ രൂപത്തിൽ വരണം കാരുണ്യം വെച്ചാൽ ആരോഗ്യത്തിന്റെ രൂപത്തിൽ വരണം നമ്മൾ ആ കാരുണ്യത്തിനൊരു രൂപം വെക്കണം വിവേകാനന്ദ സ്വാമികൾക്ക് കൽക്കട്ടയിൽ പ്ലേഗ് വന്നിട്ട് ഒരുപാട് പേര് മരിക്കണം അദ്ദേഹത്തിന് വല്ലാത്ത ദുഃഖം ഈശ്വരൻ കാരുണ്യമൂർത്തി എന്ന് പറയാൻ എന്ത് പ്രമാണമാ ഉള്ളതെന്ന് തോന്നി അപ്പോഴാണ് ആ പ്ലേഗിന്റെ രൂപത്തിൽ കാളിയുടെ ഒരു ദർശനമുണ്ടായി അദ്ദേഹം സമാധിയിൽ അതിൽ മുഴുവൻ പറയണത് അമ്മയുടെ ഒരു കാരുണ്യമാണ് ഈ രൂപത്തിലും പലർക്കും ആ രീതിയിലുള്ള മരണം പലപ്പോഴും ആശ്വാസമായിരിക്കും കർമ്മക്ഷയം കർമ്മത്തിനെയൊക്കെ ക്ഷയിപ്പിച്ച് മരിക്കണവർക്കൊന്നും ദുഃഖമില്ല ജീവിച്ചിരിക്കുന്നവർക്കാണ് ദുഃഖം നമ്മളിവിടെ ഇരുന്നിട്ട് പറയണോ അവർ മരിച്ചു അവർ സുഖമായിട്ട് നമുക്ക് ഉറക്കത്തിൽ സുഖം തോന്നണില്ലേ അതേപോലെ ഒന്നിനും ഇവിടെ ഭയപ്പെടാനേ ഇല്ല എല്ലാം കാരുണ്യം ജനനം കാരുണ്യം മരണം കാരുണ്യം ദുഃഖം കാരുണ്യം വിഷമങ്ങളൊക്കെ കാരുണ്യം ഭഗവാന്റെ കാരുണ്യത്തിനെ അറിഞ്ഞാൽ നമ്മളുടെ ദുഃഖവും ഇല്ലാതാവും നമ്മൾ ദുഃഖിച്ച് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ പോയി നിക്കുമ്പോ ഭഗവാൻ കാരുണ്യത്തോടെ നോക്കിയാൽ അഭയം പിന്നെ എന്ത് പേടിക്കാനുണ്ട് എന്ത് ഭയപ്പെടാനുണ്ട് ചിലപ്പോ ഭഗവാൻ അങ്ങനെയും ചെയ്യുള്ളൂ ചിലപ്പോ നമ്മളുടെ പ്രാരബ്ധത്തിന് മാറ്റേണ്ടെന്ന് വയ്ക്കും വില്ലോമംഗല സ്വാമിയാർക്ക് വയറുവേദന വന്നിട്ട് സഹിക്കാൻ വയ്യാതായപ്പോ എവിടെയോ പോയിട്ട് മരുന്ന് വാങ്ങിയ ഒരു സിദ്ധന്റെ അടുത്ത് നിന്ന് മരുന്ന് വാങ്ങി കഴിച്ചാൽ അല്പം മാറിയത്രേ മാറിയപ്പോ കൃഷ്ണൻ ഗുരുവായൂരൂരൂപ്പൻ പറഞ്ഞു എത്രേ കഷ്ടം ഈ ജന്മത്തോടെ തീർക്കാമെന്ന് വിചാരിച്ചു അതിനൊന്ന് രണ്ട് ജന്മം കൂടെ കൂട്ടിയല്ലോ എന്ന് പറഞ്ഞോ എന്താന്ന് വെച്ചാൽ അതും ഒരു കാരുണ്യം പ്രാരബ്ധം അനുഭവിച്ച് തീർക്കാൻ ഭഗവാൻ ചിലപ്പോ അങ്ങനെയായിരിക്കേ ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് എച്ച് എം ആൾ എന്ന് പറഞ്ഞൊരു വൃദ്ധമുണ്ടായിരുന്നു അമ്മയ്ക്ക് പത്തിരുപത് വയസ്സാവുമ്പോ ഭർത്താവ് മരിച്ചു ഒരേ ഒരു മകള് ആദ്യ ഒരു മകനുണ്ടായിരുന്നു ആ മകനെ സർവസ്വമായി കരുതി മകം മരിച്ചു ആ മകനൊരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി മരിച്ചു ഈ ദുഃഖമൊന്ന് സഹിക്കാൻ വയ്യാതെ ഭാരതം മുഴുവൻ തീർത്തയാത്ര ചെയ്ത് ഗോകരണത്തിലും അവിടെ ഇവിടെയൊക്കെ പോയി കുറേ ജപവും തപവും ഒക്കെ ചെയ്തു ആരൊക്കെയോ പറഞ്ഞിട്ട് പിന്നെയാണ് തിരുവണ്ണാമലയിൽ വന്നു രമണ മഹർഷിയുടെ അടുത്തു മഹർഷി കണ്ടതോടുകൂടെ ആ ദുഃഖമൊക്കെ അല്പം ശമിച്ചു ശാന്തിയുണ്ടായി ദിവസം മഹർഷിക്ക് പാചകം ചെയ്ത് ആഹാരം കൊണ്ടു കൊടുക്കും അതൊരു വ്രതമായിട്ടടുത്തു അങ്ങനെ വ്രതമായിട്ട് എടുത്ത മഹർഷിക്ക് സേവ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നോക്കണേ ഈ വാസന പിന്നെയും പോണില്ല ഒരു ശാന്തി വന്നപ്പോ പിന്നെയും ഒരു പെൺകുട്ടി എടുത്തു വളർത്തി ആ ഒരു പെൺകുട്ടി എടുത്തു വളർത്തി തന്റെ മകളായി കരുതി അവളെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു കൊടുത്ത് അതിലൊരു മകനുണ്ടായി ആ മകന് രമണൻ എന്നൊക്കെ പേരൊക്കെ വെച്ചു കുറച്ചു കഴിഞ്ഞപ്പോ ഒരു ദിവസം ആ പെൺകുട്ടി മരിച്ചു എന്ന് പറഞ്ഞ് ടെലഗ്രാം വന്നു ആദ്യം ആ പെൺകുട്ടിയുടെ ഭർത്താവ് മരിച്ചു എന്ന് ടെലഗ്രാം വന്നു പിന്നെ ഈ കുട്ടി മരിച്ചു ഈ ടെലഗ്രാം കൊണ്ട് ഓടിപ്പോയി മഹർഷിയുടെ അടുത്ത് കൊണ്ട് കൊടുത്തു എന്നിട്ട് ഭഗവാനെ ഞാൻ എത്ര പാപം ചെയ്തോ അറിയില്ലല്ലോ ഇങ്ങനെ ദുഃഖം വന്നുവല്ലോ എന്ന് പറഞ്ഞത് കൊടുത്തപ്പോ ഈ അമ്മയെ ആശ്വസിപ്പിക്കുകയോ ഉപദേശിക്കുകയോ അല്ല അത്ര മഹർഷി നോക്കണം വിചിത്രമാണ് ഈ അമ്മ ടെലഗ്രാം കൊണ്ട് കൊടുത്തപ്പോ ഈ അമ്മയുടെ കൂടെ അദ്ദേഹം ഇരുന്ന് കരയാൻ തുടങ്ങി ആ അമ്മയുടെ ദുഃഖത്തിനെ തന്റെ ദുഃഖമായിട്ട് ഇരുന്ന് കരയാൻ തുടങ്ങിയത്ര കൂടെ ഇരുന്നിട്ടാണ് അപ്പൊ ആ അമ്മ പറയുന്നത് മഹർഷിയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്ന് കാരുണ്യത്തോടുകൂടെ കരച്ചൽ വന്നു എന്റെ ദുഃഖം ഒക്കെ പോയി നമുക്ക് വേണ്ടി സാക്ഷാത് സർവേശ്വരം കഴിയുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു കരയണം ആ ദുഃഖമൊക്കെ പോയി എന്നാണ് കാരുണ്യാകുലനേത്രം ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചേർന്ന് നിൽക്കുമ്പോ ഗുരുവായൂരപ്പൻ നമ്മളെക്കാളും നമ്മളുടെ കാര്യത്തില് ശ്രദ്ധ ഉണ്ട് കാരുണ്യാകുലനേത്രം ആർദ്രഹസിതം ഭഗവാന്റെ ചിരിയോ ഹൃദയത്ത് നിന്നുള്ള ഹൃദയമേ ചിരിക്കു പുറകിലോ ആർദ്രഹസിതം ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ ബാക്കിയൊക്കെ നോക്കിയാൽ മതി കാരുണ്യാകുലനേത്രം ആർദ്രഹസിതം രണ്ടെണ്ണം മാത്രം മതി നമുക്ക് ധ്യാനത്തിന് രൂപമൊക്കെ ഫോട്ടോയിൽ കാണാം മനസ്സിൽ കാണാം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതം അങ്ങനെയുള്ള ഭഗവാന്റെ സൗന്ദര്യ ോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപ്പി ആശ്ചര്യം ഭുവനേന കസ്യകുതുക്കം പുഷ്ണാദി വിഷ്ണോ വിഭോ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഇനി ഒരു ദശകം വായിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ പറയാം ഭഗവാന്റെ ദിവ്യരൂപം വർണ്ണിച്ച് വട്ടതിരി പറയണത് താദൃ മധുരാത്മകം തവ വപു അതീവ മധുരമായിട്ടുള്ള വപു ലക്ഷ്മി ഒരു വണ്ടാണേ അംഗം ഹരെ പുളകൂഷണമാശ്രയ ബൃംഗാംഗനേവുക്കുളാഭരണം അംഗീകൃത വിഭൂതി അപാംഗലീലാ മംഗല്യദാസ്തു മമമംഗളദേവതായ ഭഗവാനാവുന്ന പുഷ്പത്തില് ചെന്നിരുന്ന് തേൻ കുടിക്കുന്ന വണ്ടാണ് ലക്ഷ്മി ഇവിടെ ചിദാനന്ദരസം നിറഞ്ഞു നിൽക്കുന്ന പുഷ്പം അങ്ങനെയുള്ള ആ പുഷ്പത്തിലെ തേൻ കുടിക്കാനുള്ള രുചി കൊണ്ട് ഈ വണ്ട് വേറെ എവിടെയും പോണില്ല ആ പുഷ്പം എവിടെ പോണ്ടോ അവിടെ ഇരിക്കുള്ളൂ ഈ ലക്ഷ്മി അപ്പൊ തത്താദ്ര മധുരാത്മകം തവ വാപ്യ സമ്പന്മയി നല്ല സമ്പത്തുള്ളവണ് അപ്പൊ ഭഗവത് കഥകൾ എവിടെ നടക്കണോ അവിടെ ഒക്കെ മധുരാത്മകം സപ്താഹത്തിന് നല്ല പായസം വെച്ച് വളമ്പൊണ്ട് എന്തിനാ വീട്ടില് ശാപാട സമ്പന്മയി സാദേവി പരമോത്സുക ചിരതം നാസ്തേ സ്വഭക്തേശ്വർ ചിലരൊക്കെ ലക്ഷ്മിയെ പൂജിക്കണു അത്രേ തുക്കാറാം മഹാരാജ് പരമദരിദ്രനായിരുന്നു അദ്ദേഹം തുക്കാറാം തുക്കാറാമിന്റെ ഭാര്യ വീട്ടിൽ പഴയ കഷ്ടം ഇദ്ദേഹം പലചരക്ക് കടയാണേ പക്ഷെ പലചരക്ക് കട വർഷത്തിലെ രണ്ടു ദിവസമേ തുറക്കുള്ളൂ ഇദ്ദേഹം കട തുറന്നു വെച്ചാൽ നാട്ടിലൊക്കെ പാട്ടാകും അത്രേ തുകാറാം കട തുറങ്ങൂ എന്നാണ് എന്താന്ന് വെച്ചാൽ ഓരോരുത്തരായി വന്നിട്ട് എനിക്ക് അരി വാങ്ങാൻ കാശില്ല ഓ ഇതൊക്കെ തന്റെ തന്നെ എടുത്തോളൂ വെല്ലം ഗോതമ്പ് എന്ത് പറഞ്ഞാലും എടുത്തു കൊടുക്കും ഇങ്ങനെ കട നടത്തിയാൽ ഇങ്ങനെ കട നടക്കും ചിലപ്പോ കട തുറന്നിട്ടിട്ട് തമ്പുരം എടുത്ത് പാട്ടുപാടിക്കൊണ്ട് അങ്ങോട്ട് ഒരു പോക്ക് പോകും പിന്നെ വര്യല്ല ഭാര്യ വന്ന് കട പൂട്ടിട്ട് പോകും ചിലപ്പോ എപ്പോഴെങ്കിലും വരും അങ്ങനെയുള്ളപ്പോ ഈ അമ്മ വിചാരിച്ചു ലക്ഷ്മിയെ ഒന്ന് പൂജിക്കാം ഇദ്ദേഹം പാണ്ഡുരംഗൻ പാണ്ഡുരംഗൻ വന്ന് ഭഗവാനെ പൂജിച്ചിട്ടിപ്പൊ എന്ത് കിട്ടി ലക്ഷ്മിയെ പൂജിക്കാൻ തുടങ്ങിയ ഉടനെ അദ്ദേഹം വീട് വിട്ട് ഒറ്റ ഓട്ടം അദ്ദേഹം ലക്ഷ്മി പൂജ വേണ്ട വിഷ്ണുപൂജ എവിടെ ഉണ്ടോ അവൾ അവിടെ ഇരിക്കും കഷ്ടമൊന്നും തരില്ല നമുക്ക് ഒരു പക്ഷെ ഭക്തന് കുറച്ചൊക്കെ ദാരിദ്ര്യം ഉണ്ടെങ്കിൽ പോലും ലക്ഷ്മിദേവി അറിഞ്ഞുകൊണ്ട് തന്നെ വേണ്ടതേ കൊടുക്കുള്ളൂ കൂടുതൽ കൊടുത്താൽ ഇപ്പം ഭഗവാനെ മറന്നുപോയാലോ എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ആവശ്യത്തിന് വേണ്ടതൊക്കെ കൊടുക്കും ഭക്തന് ഊണ് കിട്ടാതെ കഷ്ടപ്പെടേയില്ല ഒന്നുമില്ലെങ്കിലും മുഴത്തിന് മൂന്ന് സ്ഥലത്ത് ഭാഗവതം നടക്കേണ്ട സപ്താഹം ചാപ്പാടിന് ബുദ്ധിമുട്ടേ ഇല്ല കഷ്ടപ്പെടേയില്ല ഇനി വേണമെങ്കിൽ വേറെ വിലത്തിനെ കഷ്ടപ്പെടുവായിരിക്കും അത് വേണ്ടാന്ന് വെച്ചിട്ടാ ഭഗവാനായിട്ട് വേണ്ട വയ്ക്കുക അപ്പോ ലക്ഷ്മിയെ ആര് പൂജിച്ചു കൊണ്ടിരിക്കണോ അവരെടുത്ത് ഇവള് നിൽക്കില്ല അത്രേ കുറച്ച് ദിവസമൊക്കെ നിന്നാ പോലും അവിടെ നിന്ന് ഓടി പോകും കാരണം ഭഗവാനോടുള്ള അത്യാസക്തി ഉള്ളത് കാരണം ഭഗവാന്റെ അടുത്തുള്ള ഭക്തി ലക്ഷ്മിയെ പോലെ വരെ ആർക്കും ഇല്ല ലക്ഷ്മി ദേവി പ്രേമസ്ഥൈര്യം ദേവിക്ക് ഭഗവാനോടുള്ള പ്രേമത്തിലെ സ്ഥൈര്യം ഉള്ളത് കൊണ്ട് മറ്റുള്ളവരോട് ചാബല്യം മറ്റുള്ളവർക്ക് ഭക്തി ഉള്ളപ്പോൾ ഇവളിരിക്കും ഭക്തി പോയാൽ ഇവൾ പോകും കുറേ ഭക്തി ചെയ്തു അപ്പോൾ എന്തോ ഒരു പണം വന്നു പണം വന്നാൽ ഇവരുടനെ ഭഗവാനോട് ഉള്ള ഭക്തന്മാരായിട്ട് ഭക് ലക്ഷ്മിയോടുള്ള ഭക്തന്മാരാവും അവരുടനെ പറയും ഈ ഗുരുവായൂരപ്പനെ ഭജിച്ച് ഭജിച്ചിട്ടാണ് കേട്ടോ എന്റെ മകന് ജോലി കിട്ടി ഇപ്പൊ ധാരാളം ശമ്പളം എന്ന് പറയും അപ്പൊ ഗുരുവായൂരപ്പൻ പതുക്കെ അവിടെ നിന്ന് പോകും അപ്പോ ലക്ഷ്മിയും പിന്നാലെ പോകും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഭക്തിയും ഭഗവാനും പോകും ലക്ഷ്മിയും പോകും എന്നുവെച്ചാൽ ആരാണോ ഇവളെ ഗൗ യാതൊരു വിധത്തിന് ശ്രദ്ധിക്കാതിരിക്കണത് ഭഗവാനേ പിടിച്ചോണ്ടിരിക്കണത് അവരുടെ പുറകെ ഇവള് നടക്കണോ അത്രേ ആര് ഇവളെ കിട്ടും എന്ന് പറഞ്ഞ് ലക്ഷ്മിയെ കിട്ടും പറഞ്ഞ് ലക്ഷ്മിയെ ആരാധിച്ചുകൊണ്ട് പണം പണം പണം പണം പണം എന്ന് പറഞ്ഞിട്ടോ ഐശ്വര്യത്തിന്റെ പുറകിൽ ആര് നടക്കണു അവർക്ക് ഇവൾ ചവല അല്പസ്വല്പൊക്കെ കൊടുത്താലും വിട്ടിട്ട് പോകും പറ്റിച്ചിട്ട് പോകും എന്നുവെച്ചാൽ ഭഗവാനെ ആര് നിരന്തരം ആരാധിച്ചുകൊണ്ടിരിക്കുന്നു േ ത്സാസക്ത ഭക്തേവേഷിരൈവ ദൈത പ്രസ്താവ ആര് ഭഗവാനെ ധ്യാനിക്കുക ഭഗവന്നാമം ജപിക്ക ഭഗവാനെ സത്സംഗത്തില് പങ്കെടുക്ക ഇങ്ങനെ സദാ ഭഗവത് ധ്യാനമേ ആയിട്ടിരിക്കണോ അവരുടെ പുറകിൽ ഇവിടെ നടക്കണം ആനന്ദം ലക്ഷ്മി എന്ന് വെച്ചാൽ പണം മാത്രം നല്ല അർത്ഥം ആനന്ദമായിട്ട് സുഖമായിട്ട് ശാന്തിയായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും എപ്പോഴും ആനന്ദമായിരിക്കും മറ്റുള്ള വീട്ടിൽ ചിലപ്പോൾ ബംഗളാവ് പോലെ ആയിരിക്കും ഉള്ളില് ശോകം തളം കെട്ടി ദുഃഖം തളം കെട്ടി നടക്കും എപ്പോഴും അപ്പോ അങ്ങനെ ഭഗവത് ആരാധനയാണ് ലക്ഷ്മിയെ പിടിക്കാനുള്ള വഴി ലക്ഷ്മിയുടെ പുറകെ നടന്നാൽ ലക്ഷ്മി വേഷപ്പെടില്ല അപ്പോൾ ഭക്തി എവിടെ ഉണ്ടോ അവിടെ ഐശ്വര്യദേവതയായ ലക്ഷ്മിയുമുണ്ട് ഭക്തി അല്ലാതെ വേറെ പഥമില്ലേ ആ ഉണ്ട് കർമ്മപഥമുണ്ട് അനേക കർമ്മം ചെയ്യുക കർമ്മയോഗം കർമ്മകാണ്ഡത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുക അതൊക്കെ വളരെ വിഷമം പിടിച്ചത് ഇനിയിപ്പല്ലാതെ ശുദ്ധമായി ഭക്തി ബുദ്ധി കൊണ്ട് മാത്രം വിചാരം ചെയ്യുന്ന ഒരു മാർഗമുണ്ട് തർക്കം ന്യായശാസ്ത്രം അതിലിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും ഘടം പടം പർവ്വതം ധൂമം എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കും നമുക്കൊന്നും മനസ്സിലാവില്ല ഇവരെന്തിനെ ശണ്ട കൊടുന്ന് തോന്നും വാക്യാർത്ഥ വിചാരം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് വരുന്നിട്ട് ഘടം കപാലിക ഇതൊക്കെ തർക്കി താർക്കികമായിട്ട് അവർക്ക് ഈ ഘടം പടം ഒന്നും ഇല്ലാതെ പറ്റുകയില്ല ഇതിനെ കുറിച്ച് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും തർക്കശാസ്ത്രത്തില് യുക്തി ചെയ്യാൻ ഓരോ ഉദാഹരണമാണ് ഇതൊക്കെ ആചാര്യസ്വാമികൾ ശിവാനന്ദലഹരിയിൽ പറയണു ഘടോവാ തന്തുർവാ പരിഹരതിക്കിം ഘോരശമനം വൃഥാ കണ്ഠക്ഷോഭം വഹസി തരസാ തർക്കചസ പദം ഭോജം ശംഭോർഭജ पटोवा വ്രജസുധീ പടോ വന്തുർവാദ്യത്തെ ഘോ വാ മൃത്പ്പിണ്ടോ അണുരപിധൂമോഗ്നിരതല പടോ വന്തുർവാ പരിഹരതികിങ് ഘോരശമനം വൃഥാ കണ്ഠക്ഷോഭം വഹസി തരസാ തർക്കചസാ പദം ഭോജം ശംഭോർഭജ പരമസൗഖ്യം വ്രജസുധീ നല്ല ബുദ്ധിയുള്ള ആള് പദാംഭൂജം ശംഭോർ ഭജ ഭഗവാന്റെ പാദാംഭുജ തന്നെ ഭജിക്കണം അല്ലാതെ വെറുതെ തർക്കിച്ച് അതുണ്ടോ ഇതുണ്ടോ അത് വാസ്തവമോ ഇത് വാസ്തവമോ നമുക്ക് ഈ തർക്കത്തിലാണ് എല്ലാത്തിനും യുക്തി കണ്ടെത്തണം അല്ലേ ഭസ്മം ധരിക്കാൻ എന്താണ് യുക്തി ആളുകൾ എങ്ങനെ ഭസ്മം ധരിച്ചാ പോരെ ഭസ്മം ധരിച്ചാൽ ആ ഭാവം ഉണ്ടെങ്കിൽ ആ ഭസ്മം ധരിച്ചാൽ ഇവിടെ ഏതോ നാടി എന്തോ ചെയ്യണു അത് കഴിഞ്ഞിട്ട് അത് ബുദ്ധിയിൽ എന്തോ ചെയ്യും ഇങ്ങനെയൊക്കെ എന്തിനാ ഭസ്മം ധരിച്ചാ പോരെ അമ്പലത്തിൽ പോയാൽ അവിടുന്ന് എന്തോ ഒരു കിരണം വന്ന് ദേഹത്തിലൊക്കെ നടന്ന് കയറിയിട്ട് പുഷ്ടിപ്പെട്ട് ശരീരം നന്നാവണം ശരീരം നന്നാവാനാണോ അമ്പലത്ത് പോണത് പരമാത്മാവായ ബ്രഹ്മവസ്തുവിനെ ഹൃദയത്തിൽ കാണാനാൽ ഇതിന്റെ യുക്തിയിലൊക്കെ പോയിട്ട് എന്തിന് വെറുതെ ജീവിതം കളയണം ഇപ്പൊ ഈ തർക്കപഥത്തില് ആയാസകരാണി ഒരു പ്രയോജനമില്ലാതെ വിഷമം യുക്തി എന്തോ തരുണ പോലെ നമുക്ക് തോന്നും പക്ഷേ യുക്തി അവസാനം ചതിക്കും ആചാര്യസ്വാമികളിലെ തന്നെ പറയണത് കേവലസ് തർക്ക വിപ്രലംഭകത്വം എന്നാൽ യുക്തിയെ എങ്ങനെ ആശ്രയിക്കാം നല്ല ഗുരുവിന്റെ അടുത്ത് പോയിരുന്നു ഉപനിഷത്തുകൾ പഠിക്കുമ്പോൾ മാത്രം സാത്വികമായ രീതിയിൽ ഉറപ്പുവരാൻ വേണ്ടിയിട്ട് യുക്തിയെ ആശ്രയിക്കാം എന്നല്ലാതെ വെറുതെ കുയുക്തി പ്രയോഗിച്ച് യുക്തിചിന്ത ചെയ്താൽ അവസാനം ചതിക്കുന്ന കാര്യമുള്ള പോലെ തോന്നും കുഴിയിൽ പെട്ടുപോ അപ്പോ അങ്ങനെയുള്ളതൊക്കെ വിട്ട് ഭക്തി ഭക്തി ആരംഭത്തിൽ നിന്ന് തന്നെ മധുരം ഇനി അവസാനം ഒന്ന് സിദ്ധിച്ചിട്ട് തന്നെ മധുരം എന്നില്ല ആദ്യം കാണുമ്പോഴേ മധുരം നാമം ആദ്യം ചൊല്ലുമ്പോഴേ മധുരം ഭജന ആരംഭിക്കുമ്പോഴേ മധുരം ഇനി ഭജിച്ച് കുറെ കഷ്ടപ്പെട്ടിട്ട് പിന്നെ മധുരമല്ല ത്ഭക്തിസ്തു കഥാരസാമൃതീ നിജ്ജനേന സ്വയം സിദ്ധ്യന്ത വിമല പ്രബോധ പദവീം സദ്യസിദ്ധികയത്യ വിസ്തുപദ്രേമപ്രൗഢിരതരം വാതാലധീശ്വരാഭക്തിസ്തു ബാക്കിയുള്ളതൊക്കെ ഇത്ര കഷ്ടമായിരിക്കട്ടെ യുക്തി കൊണ്ടുള്ള യുക്തിവിചാരവും കേവല കർമ്മകണ്ഡവും കഷ്ടപ്പെട്ടിട്ടുള്ള യോഗപരിശീലനവും ഒക്കെ അവിടെ നിൽക്കട്ടെ ഞങ്ങൾക്ക് ഭക്തി മതി ഭക്തി ഭക്തി ഭക്തി അതെങ്ങനെയിരിക്കണം ഭക്തി കഥാരസാമൃതീ നിമജ്ജനേന് ഭഗവത് കഥകൾ ഭഗവത് സ്വരൂപ വർണ്ണനയെ ഇങ്ങനെ കേട്ട് കേട്ട് കേട്ട് അതിൽ മുങ്ങി മുങ്ങി മുങ്ങി മുങ്ങി സ്വയം സിദ്ധ്യന്തി സിദ്ധിക്കുന്നു എന്ത് സിദ്ധിക്കുന്നു വിമല പ്രബോധ പദവി ബോധം എന്ന് വെച്ചാൽ സ്വരൂപം ആത്മാനർത്ഥം പ്രബോധം എന്ന് വെച്ചാൽ ഉണർവ് മനസ് മാറി ഞാൻ ഞാൻ ഞാൻ എന്ന് സ്ഫുരിക്കുന്ന ഈ വസ്തു സ്ഫൂർത്തി അതിൽ ശരീരം മനസ്സ് ബുദ്ധി ഇതൊക്കെ ആരോപിച്ചിട്ടാണ് സംസാരം അതിൽ നിന്നും ശരീരം മനസ്സ് ബുദ്ധിയൊക്കെ മാറി ഞാൻ എന്നുള്ള സ്ഫൂർത്തി തന്നെ വികസിച്ച് ചിതാകാശമായി വ്യാപിച്ചു നിന്നാൽ അതുവേ മുക്തി ഇത്രയേ ഉള്ളൂ ആ വിമല പ്രബോധം എപ്പോ ഉണ്ടാവും അപ്പൊ ഭക്തി കൊണ്ട് പ്രേമാനുഭവം കൊണ്ട് മനസ്സ് സ്വയമേവ ഉരുകി ഉരുകി ഉരുകി ഉരുകി ഉരുകി അതിനു പുറകിലുള്ള ഈ ശുദ്ധമായ വസ്തുവിൽ ചേർന്ന് നിൽക്കും പിപ്പുലായനൻ എന്ന യോഗീശ്വരൻ മുക്തിസ്കന്ധത്തില് പറയുമ്പോ നവയോഗി ഉപാഖ്യാനത്തില് അവിടെ പറഞ്ഞു അബ്ജനാപചരണേഷണയോരു ഭക്ത ചേത്തോമലാനി വിധമേത് ഗുണകർമ്മജാനി തസ്മിൻ വിശുദ്ധ ഉപലഭ്യത ആത്മതത്വം സാക്ഷാത് യഥാ അമലദൃശോ സവിതൃപ്രകാശ ഭഗവത് പാദാരവിന്റെ ഭക്തി കൊണ്ട് ചിത്രത്തിലുള്ള മലം പോകണു എന്താ മലം ഗുണകർമ്മജാനി സത്വരജസ്തമോ ഗുണങ്ങൾ കൊണ്ടും അതുകൊണ്ട് ഉണ്ടായ പ്രവൃത്തി കൊണ്ടും ഏർപ്പെട്ട വാസനകള് ഉള്ളന്ന് ഭക്തി പ്രേമവികാരം കൊണ്ട് അതങ്ങനെ കഴുകിക്കളയുമ്പോ തെളിഞ്ഞ കണ്ണ് സൂര്യനെ എങ്ങനെ കാണുന്നുവോ അതുപോലെ ഉള്ളിലുള്ള ഉണർവ് മനസ്സ് ബുദ്ധി തെളിഞ്ഞു കഴിയുമ്പോ ആത്മാവിനെ പ്രത്യക്ഷമായി പകൽ വെളിച്ചം പോലെ കാണും വസ്തുസൂക്ഷ്മം വസ്തുവിനെ സവിതൃപ്രകാശ സൂര്യപ്രകാശം പോലെ കാണും വിമല പ്രബോധ പദവിയും അക്ലേശതസ്തന്മതിയും കഷ്ടപ്പെട്ടിട്ടാണോ പല ഭക്തന്മാരും ആത്മാനുഭവം ഉണ്ടായത് യാതൊരു കഷ്ടമില്ല ഭഗവാനെ ഭജിച്ചു ഭഗവത് ആരാധന ഒരു ഘട്ടം എത്തുമ്പോ ഭജിക്കുമ്പോ ഒരേ ഒരു കാര്യം മാത്രം ഓർമ്മ വെച്ചാൽ മതി നിർബന്ധം പിടിക്കരുത് ഭഗവാൻ എന്ത് തരണോ അതൊക്കെ സ്വീകരിച്ചോ ചിലർ വാശി പിടിക്കും ഏ ഞങ്ങളിവിടുന്ന് അങ്ങോട്ട് പോവില്ല എന്ന് പറയും അത് പറയാതിരുന്നാൽ മതി ഭഗവാൻ നമുക്ക് ഒരു ഘട്ടത്തിൽ ആത്മതത്വം ഉപദേശിച്ച് തരും ഉദ്ധവർക്ക് ഉപദേശിച്ചില്ലേ അർജുനനും ഉപദേശിച്ചില്ലേ അർജുനന് ഉപദേശിച്ചു ഉദ്ധവർക്ക് ഉപദേശിച്ചു അതുപോലെ നമുക്ക് നമുക്കും ഒരു സമയമാവുമ്പോ നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് പ്രിയ സഖ എന്ന് പറഞ്ഞിട്ടാണ് ഉപദേശിക്കണത് നീ എനിക്ക് ഭക്തനാണ് എന്റെ ഭക്തനാണ് എന്റെ പ്രിയനാണ് എന്റെ സഖാവാണ് അതുകൊണ്ട് തനിക്ക് ഞാനിതാ ഉപദേശിച്ചു തരുന്നു അതുപോലെ ഒരു ഘട്ടത്തിൽ ഭഗവാൻ നമുക്ക് ബ്രഹ്മതത്വം ആത്മതത്വം തെളിച്ച് കയ്യിലെടുത്തു തരും വിഷമൂല്യാതെ പ്രകാശിപ്പിക്കും അപ്പൊ എന്ത് വേണം നിശ്രമമേവ് യാതൊരു ശ്രമം കൂടാതെ തന്നെ ഭക്തി പരിശീലിക്കുമ്പോൾ സിദ്ധ്യന്തി വിമലപ്രബോധ പദവിയിൽ അക്ലേശത സ്തൺവതി സദ്യസിദ്ധികതി മെല്ലെ സിദ്ധിക്കുകയല്ല ആരംഭിക്കുമ്പോഴേ നാമം ജപിച്ചു തുടങ്ങുമ്പോഴേ രുചി വിഷമകൂല്യോ രുചി എന്നാലും ആ രുചി ഇഷ്ടാവണില്ലേ അതാണ് ഒരു സമയം കൽക്കണ്ട് മധുരിക്കണം ഇഷ്ടമല്ല എന്താന്ന് വെച്ചാൽ വിഷം ഉള്ള വസ്തുക്കൾ തിന്നതിന്ന് അഡിക്ഷനായി ഗുരുവായൂരപ്പൻ നമ്മളെ പറ്റിച്ചു വാച്ചു നിൽക്കുകയാണേ ഞാൻ നിർത്താതിരിക്കാൻ വേണ്ടിയിട്ടൊരു പണി അവിടെ കാണുന്നില്ലേ അത്ര ഈ സമയം പന്ത്രണ്ടേ നാൽപ്പതായോ ശിവശിവ ഗുരുവായൂരപ്പൻ ശരിക്കും പറ്റിച്ചു അപ്പോ ആ പ്രേമാനുഭവം സദ്യസ്ഥിദ്ധികരി ജയത്യ ഈ വിഭവം എളുപ്പത്തിലെ ആ ഭക്തി ആരംഭം മുതൽ തന്നെ രുചി തരണു ആനന്ദ അനുഭവം തരണു അങ്ങനെയുള്ള ഭക്തി എനിക്ക് വേണം ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് രണ്ടാമത്തെ ദശകം കഴിഞ്ഞ് മൂന്നാമത്തെ ദശകം മുതൽ മുതലുള്ള പ്രഭാഷണം ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം